ശ്രീമുഖി സദാ ലക്ഷ്മി ഭീർത്തോക്കാനന്ദി ഗീശ്വരീ സമാരംഭം ായ സുപ്രഭാഷ്യ പുനഃ്മേ <Gã> ഭനിഷ <ini>. समुद्र सौम्य दुस्ता पदीज्य सवीध विदु യഹമസ്മഹമസ്മീമ ഖലു സോമ്യമാർ പ്രജ സത് ആഗമ്യ വിധു സത് ആഗാമി തയ്യാ വ്യഘ്രോ വ സിംഹോ ഭൃക്കോ ബരാഹോ വീടോ പതംഗോ ദംസോ മസകോ വ യദ്ധോണിമ എദാത്മം സർ സത്യം സ്വാത്മാശിഷ്യൂ ഭൂയേ മാ ഭഗവാൻ വിജ്ഞാപയു തധാസോമി ഉച്ച ഇതുപോലെ തന്നെ സമുദ്ര ദൃഷ്ടാന്തം നദികളെല്ലാം സമുദ്രത്തിൽ വിലയിച്ചാൽ തിരിച്ചറിയുന്നില്ല ഇതേത് നദിയാണോ യമുനയാണോ സിന്ധുവാണോ തിരിച്ചറിയുന്നില്ല അതുപോലെ പ്രാണികളല്ല അതുപോലെ ആ സത്തൽ ഏകീഭവിച്ചിട്ട് പൂർണമായും ഏകീഭവിക്കുക യാതൊരു ഭേദമില്ലാതെ ഒന്നായി തന്നെ ചെയ്തു തീർന്നിട്ടും സൂക്ഷത്തേന് നവിതു പക്ഷെ അറിയുന്നില്ല തസ്മ സത ആഗമ്യ അവിടെ നിന്ന് ഉണർന്നു വരുമ്പോൾ ജാഗ്രതത്തിലേക്ക് വരുമ്പോ നവിതു എന്താണ് സത ആഗഛാ മഹ ഞങ്ങൾ ആ നിന്നാണ് വന്നത് സത്തിനോട് ഏകീഭവിച്ചാൽ നമ്മൾ ചർച്ച ചെയ്തതാണ് സത്തിനോട് ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടറിയുന്നില്ല പറയുന്നു അതറിയുന്നില്ല അതുകൊണ്ടാണ് ഇതിനീകരിക്കാൻ പ്രയാസം പെട്ടെന്നൊരാളടത്ത് നമ്മൾ പറയുന്ന ആ ശ്രുതിയിൽ ജീവൻ പരമാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു ജീവൻ പരമാത്മാവിനെ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ അത് മുക്തിയാണ് ആർത്ഥത്തിൽ സുഷൃത്തിയിൽ മുക്തനാണ് അത് സർവരും അങ്ങനെ മുക്തരാണെങ്കിൽ ഉണരുമ്പോൾ എന്തുകൊണ്ട് ഞാൻ മുക്തനാണെന്ന് അറിയുന്നില്ല സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിവിടെ ശ്രുതി പറയുന്നു നവിതഹു ആഗമ്യ നവിതഹു ഉണർന്നിട്ട് അതിനറിയുന്നില്ല എന്താണ് സദാകഥ ആ സത്ത് വന്നത് മറിച്ച് അറിയുന്നെന്താണ് ഞാൻ മനുഷ്യനാണ് പുരുഷനാണോ സ്ത്രീയാണ് ഈ രീതിയിലെ അറിയുന്നത് ദേഹവ്യാഘ്ര ഇത്യാദി സമാനമങ്ങിയത് സർവ്വപ്രാണികൾക്കും അങ്ങനെ തന്നെ അത് എന്തുകൊണ്ടറിയുന്നില്ല കാരണം ഉണർന്ന് വരുമ്പോൾ മനുഷ്യൻ മനുഷ്യനായി അറിയുന്നു വ്യാഘ്രം വ്യാഘ്രമായി അറിയുന്നു സിംഹം സിംഹമായിട്ടറിയുന്നു മൃഗം മൃഗമായിട്ടറിയുന്നു വിരാഹം അങ്ങനെ അറിയുന്നു കീടം പതംഗം ശലഭങ്ങൾ ദംസം കടിക്കുന്ന ചെറിയ പ്രാണികളെല്ലാം ദംസം മശകം കൊതുക് ഓരോ പ്രാണിയും അങ്ങനെ എണിപ്പറഞ്ഞാൽ അവസാനമില്ല ഈ പ്രാണികളെല്ലാം ഈ എല്ലാ പ്രാണികൾക്കും ഇടതുപാക്ഷകാലം പറയും പ്രാണികൾക്ക് മാത്രമല്ല സ്ഥാപനങ്ങൾക്കും ബോധമുണ്ട് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ബോധമുണ്ട് അപ്പം അതെല്ലാം അതായിട്ട് തന്നെ അറിയുന്നു ഭാഷയ്ക്ക് മാറ്റമൊന്നേ ഉള്ളൂ അവർക്കതിൻ്റെതായ ഭാഷ ആ ഭാഷയെല്ലാം അതായിട്ടറിയുന്നു മനുഷ്യൻ മനുഷ്യനായി അറിയുന്നു സത്തായിട്ടറിയില്ല എന്തുകൊണ്ട് സത്തായി അറിയില്ല അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ ബദ്ധരാരും കാണില്ല എല്ലാവരും മുക്തരായിരുന്നു വ്യാക്രയിക്കാൻ സമാനമല്ല ദുഷ്ട ജലത്തിൽ തന്നെ കാണാം ഇതാണ് ബിജി തിരമാലകൾ തരംഗങ്ങൾ വതം ഉദ്ഭുതം കുമിള ജലത്തിലുണ്ടാകുന്നു ജലത്തിന്റെ വികാരങ്ങളെല്ലാം ഉദ്ധിത അതിൽ നിന്ന് പ്രകടമാകുന്നു പുനഃസ്ഥാവിഷം കൊണ്ട് തന്നെ അത് വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു ജലമായി തന്നെ മാറുന്നു ഓരോ തരത്തിലത് നശിച്ചു ജലം മാത്രമായിരിക്കുമ്പോൾ അവിടെ ബീജിയും തിരങ്കും ഭേദവും ബുദ്ധവും ഒരു തരത്തിലത് നശിച്ചിരിക്കുന്നു വിനഷ്ഠ വിധി അതുപോലെ ഇവിടെയും പറയുക ജീവൻ ആ പരമാത്മാവിനെ പ്രാപിക്കുന്നുണ്ട് ആയത്നസിദ്ധമാണത് അതിനുവേണ്ടി ഒരു പ്രയത്നത്തിന്റെ ആവശ്യം സഹജമായി പ്രാപിക്കുന്നു ജീവനവിടെ നശിക്കുന്നു പക്ഷെ ജീവൻ നശിക്കുന്നുണ്ടെങ്കിലും ജീവന് പ്രത്യേകതയുണ്ട് അത് ജലം നശിക്കുന്നത് എന്ന് പറയുന്നിടത്തുമുണ്ട് പ്രത്യേകം ജലരൂപത്തിൽ നശിക്കുന്നില്ല തരംഗരൂപത്തിലും ഭേനരൂപത്തിലും അത് നശിക്കുന്നു നശിക്കുന്നു അത്രയും എടുത്താണ് ആ തരംഗം തരംഗമായി നിലനിൽക്കുന്നില്ല ഭേനം ഭേനമായി നിലനിൽക്കുന്നില്ല പക്ഷെ ജലമായി നിലനിൽക്കുന്നുണ്ട് ജലരൂപത്തിലതിന് നാശമില്ല അതുപോലെ ജീവനും ജീവാസുക്കാരണഭാവം പ്രത്യഹം ഗച്ഛൻ തോബി സുഷുദ്ധിയെ മരണപ്രളയെന്ന് വിനശ്യം തീറ്റിയത് ജീവനാണെങ്കിലോ അവിടെ പോയാലും അത് സദ്രൂപത്തിൽ നിലനിൽ നശിക്കുന്നില്ല തരംഗം എങ്ങനെയാണോ ജലരൂപത്തിൽ നിലനിൽക്കുന്നത് പോലെ ജീവനും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജീവത്വം വിഹായ ആ ജീവത്വത്തെ പൂർണമായി ഉപേക്ഷിച്ചിട്ട് സത് രൂപത്തിൽ അതുതന്നെ പരമാത്മരൂപം ബ്രഹ്മരൂപം സച്ഛദാനന്ദ രൂപം എന്നെല്ലാം പറ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു പ്രത്യഹം നിരന്തരം അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ മരണ പ്രളയത്തിൽ സംഭവിക്കുന്നു ഇതിന് സമാനമായി തന്നെ മരണത്തിനും പ്രളയത്തിൽ സംഭവിക്കുന്നു അവിടെയെല്ലാം ഈ ഏകീഭവനം സംഭവിക്കുന്നു ഈ മരണത്തിനും പ്രളയത്തിനും ഏകീഭവനം സംഭവിക്കുന്നു എന്ന് പറയാൻ അതിനുള്ള ഹേതു എവിടെയാണ് ആഗ്രഹണം സംഭവിക്കുന്നു ആഗ്രഹണം സംഭവിക്കുന്നു ആഗ്രഹണം സംഭവിക്കുന്നു അത് ജീവഭാവം ഇല്ലാത്തതുണ്ട് ജീവഭാവം വന്നു കഴിഞ്ഞാൽ ഉടൻ ഗ്രഹണം സംഭവിക്കും ആ ഗ്രഹണം സംഭവിക്കുന്നത് ജാഗ്രത് സ്വപ്നങ്ങളിൽ ഗ്രഹണം സംഭവിക്കുന്നു ഏതെങ്കിലും തരത്തിൽ അഗ്രഹണം സംഭവിച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ ജീവഭാവം ഇല്ല എന്നാണ് അതുകൊണ്ടാണ് എൻ്റെ കൂട്ടത്തിൽ മരണത്തെയും പ്രളയത്തെയും കൂടെ ചേർക്കുന്നത് ടുത്ത് മൂർച്ചയെ ചേർന്നു അല്ലെങ്കിൽ പ്രളയത്തെ ചേർക്കും അവിടെയെല്ലാം അഗ്രഹണം സംഭവിക്കുന്നുണ്ട് ആർക്കും അറിയാൻ പറ്റുന്നില്ല ഞാനിതാ മരിക്കുന്നു ഉറക്കം പോലെ അല്ല ഉറക്കത്തെ അറിയാൻ പറ്റുന്നില്ലല്ലോ അതുപോലെ മരണത്തെ അറിയാൻ പറ്റുന്നുണ്ടോ പ്രളയം എന്ന് പറയുന്നു അല്ലെങ്കിൽ ജഗത് പ്രളയമാകാം അവിടെ ജീവപ്രളയം സംഭവിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിലൊന്നും ഗ്രഹണമില്ല ഗ്രഹണമില്ലാത്ത ജീവഭാവം ഇല്ലാത്തത് കൊണ്ട് ജീവഭാവം ഇല്ലെങ്കിൽ അവിടെ ആ ജീവൻ സദ്രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഭാഷകാലം പറയുന്നത് ഇവനെ ചിന്തിക്കിയത് അതുകൊണ്ട് ജീവഭാവം ഇല്ലാത്തതുകൊണ്ട് അറിയുന്നില്ല ജീവനാണ് അറിയേണ്ടത് അറിയുന്നത് അതുകൊണ്ട് തന്നെ അദ്വൈതത്തിൽ ചർച്ച വരും ആർക്കാണ് ഈ ആത്മ അത് ആത്മാവിനാണോ അത് മറ്റാർക്കെങ്കിലും ആണോ ആത്മാവിന് ആത്മജ്ഞാനം ഉണ്ടാകാൻ വഴിയില്ല കാരണം ആത്മവേഗമാണ് പക്ഷെ രണ്ടാമതൊരു ആത്മജ്ഞാനം കൂടെ അവിടെ വരത്തില്ല എല്ലാവർക്കും ആയിരിക്കും ഉണ്ടാകുന്നത് അത് ദ്വൈതത്തിലേ സംഭവിക്കും ജീവനിലേ സംഭവിക്കും ജീവനാണ് ആത്മജ്ഞാനം ഉണ്ടാകുന്നത് അതുകൊണ്ട് അവിടെ തൃപുടിയുണ്ട് ദ്വൈതമുണ്ട് ദ്വൈതത്തിൽ അതൊക്കെ സംഭവിക്കുക ആത്മജ്ഞാനം ആ ജീവഭാവത്തെ തന്നെ ഇല്ലാതാക്കും എന്നാലും അവിടെ അതുണ്ടാകാൻ സാധ്യതയുള്ളു ജീവഭാവത്തിൽ ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ഗ്രഹണമാണ് അതുകൊണ്ട് പറയുന്നത് ജാഗ്രത്തിലെ സംഭവിക്കത്തുള്ളു സുഹൃത്തി സംഭവിക്കത്തില്ല മറ്റേതെങ്കിലും ഒരവസ്ഥയിലത് സംഭവിക്കത്തില്ല സമാധിയിലെന്ന് ചോദിക്കുന്നു ആത്മജ്ഞാനം തന്നെ സമാധിയോടെ നമ്മുടെ സമാധി വേറെ എന്ന് പറയാൻ പറ്റത്തില്ല എന്നോട് പറയുന്ന സമാധിയിൽ ആത്മജ്ഞാനം ഉണ്ടായിരുന്നു വെച്ചാൽ അത് ആത്മജ്ഞാനത്തിന് മറ്റൊരു പേര് പറയുന്ന സമാധി എന്ന് ഉള്ളൂ അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമാധി ഒന്നുമില്ല ഒന്നായിട്ടെടുക്കുന്നുണ്ട് ആത്മജ്ഞാനത്തെ തന്നെ സമാധിയായിട്ടെടുക്കുന്നു അത് ജീവനിലാണത് സംഭവിക്കുന്നത് അത് ജാഗ്രത്തിലെ സംഭവിക്കും പക്ഷെ ആ ജാഗ്രത നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ ജാഗ്രത്തിനൊരു വിശേഷതയുണ്ട് ജാഗ്രത് ഇന്നത്തെ ഈ ജാഗ്രതല്ല എന്തുകൊണ്ട് ഈ ജാഗ്രത്തിലും ബോധമുണ്ട് ഈ ജാഗ്രത്തിലും ആത്മപ്രകാശമാണ് ജാഗ്രത എന്ന് പറയുന്നത് എന്താ മറ്റൊന്നും പക്ഷെ എന്നിട്ട് ആത്മ ഞാനിന്ന് പറയാൻ ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു സ്വയം അപരോക്ഷമായി പ്രകാശിക്കുന്നു ആത്മപ്രകാശമാണ് ജാഗ്രത് ബോധമായിരിക്കുന്നത് അല്ല ഈ ബോധം വേറെടുത്തൊന്നും വരാൻ വഴിയില്ല പക്ഷെ എന്നിട്ടും ഇതിന് ആത്മജ്ഞാനം എന്ന് പറയാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ട് ഈ ആത്മബോധം ആത്മബോധത്തെ വികൽപ്പങ്ങളെ നിരാകരിക്കുന്നില്ല ഞാൻ സംശയത്തെ സംശയം തുടങ്ങിയ കാര്യങ്ങളത് നിരാകരിക്കുന്നില്ല അതിന് നീ ബോധം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ജാഗ്രതയിൽ തന്നെ മറ്റൊരു ബോധത്തിൻ്റെ ആവശ്യമായി വരുന്നു ആത്മബോധം അതിന് സാധനയുടെ ആവശ്യമായി വരുന്നു ആ ബോധം ഇതിനെല്ലാം നിരാകരിക്കുന്നുണ്ട് ആരോപങ്ങളെയെല്ലാം നിവർത്തിക്കുന്നതുമുണ്ട് അല്ലെങ്കിൽ അതിനെ ഇതിനെല്ലാം അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നതുകൊണ്ട് അതിനെ പറയുന്നത് പരാജാഗ്രത്താണ് എന്ന് പറയുന്നത് അതുകൊണ്ട് സർവജീവനിലും സഹജമായിരിക്കുന്ന ജാഗ്രത അതിൻ്റെ ഒരു ബോധമാണ് ആത്മബോധമെന്നു പറയുന്നുണ്ട് അങ്ങനെ ഒരു വിലക്ഷണമായ ബോധം ശ്രവണി സാധനങ്ങൾ മാത്രം ഉണ്ടാകുന്ന ബോധം അതാണ് അത് ശ്രുതി ബോധിപ്പിച്ചാലേ അതുണ്ടാകത്തുള്ളൂ അല്ലാതെ ഉണ്ടാകുമ്പോഴേ സാധാരണഗതിയിൽ ഇന്ദ്രിയാർത്ഥ സംബന്ധത്തിലോട്ടുണ്ടാകുന്ന ബോധം ലൗകികമായ ബോധം അതുപോലെ തന്നെ കാരണം ഈ ലൗകികമായ ബോധത്തിന് ഈ അജ്ഞാനത്തെയോ അതിൻ്റെ കാര്യങ്ങളെയോ നിവർത്തിപ്പിക്കാനുള്ള ശേഷി ഇത് കൊണ്ടതൊരു എന്തുകൊണ്ടിതല്ല ലൗകികൾ ഇന്ദ്രിയും വിഷുവുമായിട്ടുള്ള ബന്ധം കൊണ്ടുണ്ടാകുന്നു മനസ്സിലുണ്ടാകുന്ന ബോധം അത് ബോധം അങ്ങനെയല്ല ഇതിനേദിക്കുന്നു നേരി നേരി ഇതിന്റെ അസത്യത്തെ ബോധിപ്പിക്കുന്നു അതുകൊണ്ട് ആ ബോധം ഇതിൽ നിന്ന് വിലക്ഷണം ഇതിൽ നിന്ന് വിലക്ഷണമായതുകൊണ്ടാണ് അതിന്റെ അപരോക്ഷമൊന്നും മറ്റും പറയുന്നു വാസ്തവത്തിൽ എല്ലാ ബോധവും അപരോക്ഷമാണ് അപരോക്ഷമല്ലാതെ ഒരു ബോധമേ ഇല്ല ബോധത്തിനൊരിക്കലും പരോക്ഷമായിരിക്കാൻ പറ്റും വെളിച്ചത്തിനൊരിക്കലും ഇരുട്ടായിരിക്കാൻ കഴിയാത്തതുണ്ട് അതുകൊണ്ടാണ് ഈ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്നെല്ലാം പറയും ആ ആത്മപ്രകാശം തന്നെയാണ് ജാഗ്രത്തിലും സ്വപ്നത്തിലും സർവ്വത്രയുള്ള ഗ്രഹണസമയത്തും അഗ്രഹണ സമയത്തും ഗ്രഹണ സമയം എന്ന് പറയുമ്പോൾ ജാഗ്രത സ്വപ്നങ്ങളിൽ ആഗ്രഹണമെന്ന് പറയുമ്പോൾ സുഷുത്തിയില്ല എല്ലായിടത്തും ആർന്ന പ്രകാശം ജാഗ്രത സ്വപ്നങ്ങളിൽ അത് ആഗ്രഹത്തിന്റെ രൂപം മാറുന്നു അത് വിഷയസമ്പർക്കത്തോടുകൂടിയിരിക്കുന്നു സുഹൃത്തിയിൽ അത് വിഷയസമ്പർക്ക ശൂന്യമായിരിക്കുന്നു ഇത്രയോ സർവത്തിലത് അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു ഇപ്പോഴത് അപരോക്ഷം തന്നെ ബോധമുണ്ടോ അപരോഷം പരോക്ഷമായിരിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ പരോക്ഷ ജ്ഞാനം എന്നും മറ്റും പറയുന്നതെന്തുകൊണ്ട് ആ പറയുന്നത് ജ്ഞാനത്തിൻ്റെ ലൗകികജ്ഞാനത്തിൻ്റെ വിഷയജ്ഞാനത്തിൻ്റെ ചില വിഷയങ്ങൾ പരോക്ഷമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പരോക്ഷ ജ്ഞാനം പറയുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല കണ്ടിട്ടില്ല അപ്പോൾ അത് പരോക്ഷമാണെന്ന് പറയും അമേരിക്കയെ കുറിച്ചുള്ള ഞാനും പരോക്ഷമെന്ന് എന്തുകൊണ്ട് ആ സ്ഥലം പരോക്ഷമായിരിക്കും ഞാനും പരോക്ഷമായതുകൊണ്ടല്ല ഞാനതിൽ ഏകരൂപത്തിലേരിക്കാൻ പറ്റും എന്തുകൊണ്ടത് അദ്വയമാണ് ഏകമാണ് അതിന് പല രൂപത്തിലിരിക്കാൻ കഴിയില്ല വിഷയസമ്പർക്കം കൊണ്ട് അതിൽ വരുന്ന ഭ്രഹ്മും മറ്റുമാണ് ബ്രഹ്മവും മറ്റും പരോക്ഷമാണ് അതുകൊണ്ട് അപരോക്ഷം ഞാനും എനിക്കില്ല എന്നയാൾക്കും പറയാൻ പറ്റില്ല ഒരാളിൽ ബോധസ്ഫുരണമുണ്ടെങ്കിൽ അത് അപരോക്ഷമായി തന്നെ പ്രകാശിച്ചുകൊണ്ടേ ആത്മാവിനെ സംബന്ധിച്ച് ഇനി പ്രത്യേകിച്ച് ഒരു അപരോഷം ഞാനും അതിൻ്റെ ആവശ്യമുണ്ട് എന്തുകൊണ്ട് ആത്മാശയം അപരോക്ഷമാണ് ആത്മപ്രകാശവും ആത്മസ്ഫുരണവും അത് അപരോക്ഷം സദാ അപരോക്ഷമാണ് എന്നാലും ആത്മാവിന്റെ അപരോക്ഷജ്ഞാനം ശാസ്ത്രങ്ങളിലൊക്കെ തന്നെ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഈ ജാഗ്രജ്ഞാനത്തിൽ നിന്നും അതിനൊരു വിലക്ഷണതയുണ്ട് ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേകതയല്ല പല പ്രത്യേകതയും ഈ ജാഗ്രജ്ഞാനം ലൗകികം സ്വപ്നജ്ഞാനങ്ങളും എല്ലാം സഹജം ഇന്ദ്രിയവും മനസും വിഷയങ്ങളും ചേർന്ന് പ്രവർത്തിച്ചാൽ ഇതുണ്ടായിക്കൊണ്ടേയിരിക്കും ആ വിഷയങ്ങൾ പരോക്ഷവും അപരോക്ഷവുമായിരിക്കും പരമാണു പരോക്ഷമായിരിക്കും നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റും പക്ഷെ പരമാണു എന്നുള്ളൊരു ബോധം ചാൽ ആ ബോധത്തിനങ്ങനെ ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല പരോക്ഷം എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കാൻ പറ്റിയില്ല മറിഞ്ഞിരിക്കാൻ പറ്റി അപരോക്ഷം എന്ന് വെച്ചാൽ അങ്ങനെ ഒളിഞ്ഞിരിക്കാൻ പറ്റാത്ത ഏറ്റവും സ്ഥൂലമായതും വ്യവഹിതമായതും വിപ്രകൃഷ്ടമായതും ഉള്ള ഏത് പദാർത്ഥത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടായാലും ആ ജ്ഞാനം സ്വദേ അപരോക്ഷമായി ഇരിക്കും അത് പ്രകാശ മറ്റൊരു രൂപമില്ല വെളിച്ചത്തിന് വെളിച്ചമല്ലാതെ വേറൊരു രൂപം എന്നാൽ ആത്മജ്ഞാനത്തെ അപരോക്ഷം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒന്ന് അതിങ്ങനെ ലൗകികമായി ഉണ്ടാകത്തില്ല ഇന്ദ്രിയ വിഷയസമ്പർക്കം കൊണ്ടെന്നും അതുണ്ടാകത്തില്ല ഒരു ശ്രുതി വേണം അതിനെ നമ്മൾ പറയും ഗുരുപദേശം പറയും ശ്രുതിയിൽ നിന്നുണ്ടാകുന്നു അത് മാത്രമല്ല മുമ്പ് പറഞ്ഞതുപോലെ അത് ഈ ഭേദത്തെ നിരാകരിക്കുന്നു അജ്ഞാന സംശയങ്ങളെ അത് നിരാകരിക്കുന്നു െന് അപരോക്ഷംന്ന് പറയുന്നു സാറിന് ഞാൻ തന്നതിന് വ്യത്യാസപ്പെടുത്തി പറയും എല്ലാം അപരോക്ഷമായിരുന്നുണ്ട് അങ്ങനെയുള്ള അപരോക്ഷരൂപത്തിൽ അത് സത്താണ് ആ സത് രൂപത്തിൽ സദാ പ്രകാശിക്കുന്നു ഏകരൂപത്തിൽ തന്നെ അങ്ങനെ അതിനെ അദ്വൈതം മനസ്സിലാക്കളു ജ്ഞാനത്തിന് രണ്ടാവസ്ഥ അത് പറയാൻ പറ്റില്ല ഒരവസ്ഥയുള്ളൂ ജ്ഞാനത്തിന് വിഷയസമ്പർക്കം കൊണ്ട് അതിന് പലവസ്ഥകളും വരുന്നു അതൊക്കെ നമ്മൾ കല്പിക്കുന്നതാണ് ആ കല്പനകൾക്കെല്ലാം ഒരു അറുതി വരുന്നതാണ് ആത്മബോധം എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അപരോഷം എന്നും പറയുന്നു അതുകൊണ്ടാണ് ആ ചർച്ച അങ്ങനെ അവസാനിപ്പിക്കുന്നത് ആ പരോക്ഷം ജീവനാണ് ആർക്കാണോ ആത്മാവിനാണോ ജീവനാണോ ആ ജീവനാണ് ആ പരോക്ഷം ഞാൻ ജീവനിലത് പ്രകാശിക്കുന്നത് ജീവനിലെന്ന് എന്തുകൊണ്ട് പറഞ്ഞു ജീവൻ ദ്വൈതം ജീവനിലാണ് ദ്വൈതം ഒരു ജ്ഞാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ജീവനിലാണ് ജീവനിലാണ് സംഭവിക്കുന്നത് രണ്ടു തരത്തിലും പറയും ആശയക്കുഴപ്പം വരേണ്ട കാര്യമില്ല ചില സ്ഥലങ്ങൾ പറയും ഞാനും ഉണ്ടാകത്തില്ല ഉണ്ടാകേണ്ടെന്നല്ല അത് പ്രകാശിക്കുന്നതാണെന്ന് പറയും വേറെ സ്ഥലത്ത് പറയും അല്ല ഞാനും ഉണ്ടാകുന്നതാണ് എന്ന് പറയും ഈ രണ്ടു കാര്യങ്ങൾ പറയുന്നതിലും വ്യത്യാസമില്ല ആത്മജ്ഞാനം ഉണ്ടാകുന്നതല്ല എന്നുകൊണ്ട് പറയുന്നു കാരണം അത് അഗ്നിയുടെ പ്രകാശം അഗ്നിയിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അത് അഗ്നി തന്നെ ഉണ്ടോ അഗ്നിയുടെ പ്രകാശം അഗ്നി തന്നെ ആ ദൃഷ്ടിയിൽ പരിശോധിച്ചാൽ അഗ്നിയിൽ നിന്നും പ്രകാശം ഉണ്ടാകുന്നുണ്ട് അഗ്നി സ്വരൂപം തന്നെ അഗ്നിയെ തന്നെ ഇരിക്കും ഒരു വിശേഷതയായി പറയുന്നതാണ് ആ അഗ്നിയുടെ പ്രകാശം ഇരുളിനെ നശിപ്പിച്ചു എന്ന് പറയും അപ്പൊ ഇരുളിനെ നശിപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് പ്രകാശത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ കല്പിച്ചു അഗ്നി സർവവ്യാപിയാണ് സർവത്ര ഉണ്ടത് സർവത്ര ഉള്ളപ്പോൾ തന്നെ ഇവിടെ ഇരുളുണ്ട് എന്താ ഇരുളുള്ള അഗ്നി ഉണ്ട് പക്ഷേ അവിടുത്തെ അഗ്നിക്ക് ആ ഇരുളിനെ നശിപ്പിക്കത്തക്ക രൂപത്തിൽ അതില്ല അതൊരു പ്രത്യേകതയാണ് സർവവ്യാപിയായിരിക്കുന്ന അഗ്നിക്ക് ഇരളിനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല അവിടെ നമുക്ക് പറയാം എന്താണോ അപ്രകാശം ഉണ്ടായത് അതുപോലെയാണ് ആത്മബോധം ഉണ്ടാകുന്നതെന്ന് പറയുന്നു രണ്ടും ഫലത്തിലൊന്നു തന്നെ അതുകൊണ്ട് ബോധം ഉണ്ടാകുന്നില്ല എന്നും ഉണ്ടാകുന്നെന്നും പറയും എപ്പോഴാണോ അത് ഈ അജ്ഞാന സംശയാദി ദോഷങ്ങൾ ഇല്ലാതാക്കുന്നത് അപ്പോൾ പറയും അത് ഉണ്ടായി എന്ന് പറയും അതിന് ശ്രുതിയിലൂടെ അത് സംഭവിക്കും അതാണെന്ന് ഞാൻ പറഞ്ഞത് അതിന് ചില പ്രത്യേകതകളുണ്ട് ചില സവിശേഷതകൾ ശ്രുതി നിന്നുണ്ടാകുന്നു അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അതുകൊണ്ട് പറയും കഥകര രജതന്യായം എന്നൊക്കെ പറയും സാങ്കേതികമായിട്ട് ഈ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിച്ച പിന്നീട് പിന്നെന്താ സംഭവിക്കുന്നു ഞാൻ ജ്ഞാനവും നശിക്കുന്നു ജ്ഞാനം നശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അല്ല താല്പര്യം നിത്യ അപരോഷമായിരിക്കുന്ന ജ്ഞാനം നശിക്കും ഒരിക്കലും നശിക്കത്തില്ല നശിക്കുന്നു പറയും നേരം അഗ്നി പ്രകാശിക്കുന്ന നശിക്കുന്നു പോലെയാണ് അഗ്നി നമ്മൾ ധരിക്കുന്നത് അത് നശിക്കുന്നില്ല കാരണം അത് സർവവ്യാപ്യായിരിക്കും അതിന് എവിടെയും പ്രകടമാകാം ജലത്തിലോ വായുവിലോ പൃഥ്വിയിലോ ആകാശത്തിലോ എവിടെയാണോ അഗ്നിക്ക് പ്രകടമാകാം സർവ്വവ്യാപിയാണ് എന്നാലും നമ്മൾ പറയുന്നത് എന്താണ് അഗ്നി ഉണ്ടാകുന്നത് നശിക്കുന്നത് വ്യവഹാരത്തിൽ നമ്മുടെ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണ് വാസ്തവത്തിൽ അത് ഏകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ ഇത് ഏകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നത് ജീവനെ പ്രകാശിക്കുന്നു പ്രകാശിച്ചാൽ അത് ജീവനെ നശിപ്പിക്കുന്നു എന്തിനാശ്രയിച്ചാണ് ഉണ്ടായത് അതിനെ നശിപ്പിക്കുന്നു അത് നശിപ്പിക്കുന്ന പറയുന്ന എൻ്റെ താല്പര്യ ഇതാണ് ജീവൻ സുഷുപ്തിയിൽ നശിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഭാഷകാലം പറയുന്നു നവിനശന്തി അത് നശിക്കുന്നില്ല അത് സത് രൂപത്തിൽ സിദ്രൂപത്തിൽ ആനന്ദ രൂപത്തിൽ അത് നശിക്കുന്നില്ല മറ്റേതെങ്കിലും ഒരു രൂപം അതിനെ നമ്മൾ കൽപ്പിക്കുമ്പോൾ അതൊക്കെ നശിച്ചു പോകുന്നു മറ്റു രൂപങ്ങളാണ് നമ്മൾ പൊതുവെ പറയുന്നത് അധ്യാരോപം അധ്യാരോപങ്ങൾ നശിക്കുന്നതിനാണ് ജീവൻ നശിക്കുന്നെന്ന് പറയുന്നത് ആ ദൃഷ്ടാന്തമൊക്കെ അതിനു വേണ്ടിയിട്ടാണ് തേറ്റാമ്പരലിൻ്റെ അഷ്ടമാണ് കലങ്ങി വെള്ളത്തിൽ തേറ്റാം പിരൽ പൊടിച്ച് കലക്കി അതിൻ്റെ മൂളിൽ വിതറി കഴിഞ്ഞാൽ തേറ്റാമ്പരൽ എന്ന് പറയുന്നൊരു വിത്താണ് ഒരു കായാണ് അത് വിതറിയാണ് കഥകം കതകഫലം കഥകരേണു എന്നു പറയും അതിലൊരു പാടയുണ്ടാകും എന്നിട്ട് അതങ്ങ് താഴേക്ക് പോകും അതിലുള്ള മുഴുവനും അഴുക്കും അത് കൊണ്ടുപോകും പറയും അവിടെ തേറ്റാൻ പെല്ലാം നശിച്ചു നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളം മേളിക്കിട്ടും പഴയകാലത്തൊക്കെ വെള്ളം ശുദ്ധി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പറയുന്നത് എന്താണോ അത് അതിനുള്ള അഴുക്കിനെല്ലാം നശിപ്പിച്ച് സ്വയം അത് നശിച്ചു എന്ന് പറയുന്നത് പറഞ്ഞാൽ അതങ്ങടിയിലേക്ക് പോകും മേടിക്കാൻ തെളിഞ്ഞ വെള്ളമായിരിക്കും നശിച്ചു എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അതുപോലെ ഈ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ജീവനെ നശിപ്പിക്കുന്നു സ്വയം അതില്ലാതാകുന്നു പറയുന്നു സ്വയം ഇല്ലാതാകുന്നു പറഞ്ഞാൽ എന്താണോ ജീവൻ സുഷൃത്തിയിൽ ഇല്ലാതാകുന്നു എന്ന് പറയുന്നതുപോലെയാണ് ഒന്നും വാശ്യാർത്ഥത്തിൽ മനസ്സ് കുടുങ്ങിപ്പോകാൻ പാടില്ല നാശം നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല നശിക്കുന്നു പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം ഭാഷകാരൻ പറയുന്നു അത് സദ്രൂപത്തിൽ നിൽക്കുന്നു എന്നാണ് അപ്പം നാശം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാർത്ഥം നാശമൊന്നല്ല സദ്രൂപത്തിൽ നിന്ന് ആത്മജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ആരൂപങ്ങൾ എന്ന് വർത്തിക്കുന്നു അസയം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്വമാത്രം അവശേഷിക്കുന്നു സദ്രൂപത്തിൽ അത് സ്ഥിതി പ്രകാശിക്കുന്നു വിശേഷൊന്നും നശിക്കുന്നുമില്ല വിശേഷിച്ചതിനെ നിഷേധിക്കുന്നുമില്ല പരമാർത്ഥത്തിൽ അതെന്തുകൊണ്ട് വാസ്തവത്തെ നിഷേധിക്കാൻ ഇവിടെ ഒന്നില്ല വാസ്തവത്തിൽ നിവർത്തിക്കേണ്ട ഒരു ആരോപം ഇവിടെ ഇല്ല മയാകൽപ്പിതമായ ഒന്നിൻ്റെ അസ്തിത്വത്തിനും നിഷേധത്തിനും വ്യത്യാസമില്ല അതിന് രണ്ടും തമ്മിലും വിശേഷതയില്ല ഭ്രാന്തിയുടെ സ്ഥിതിക്കും ഉത്പത്തിക്കും നാശത്തിനും തമ്മിൽ വ്യത്യാസമൊന്നും കാരണം ഒരു വസ്തുവിലെ അതൊക്കെ വ്യവഹാരിമായി സംഭവിക്കും പുസ്തകം ഉണ്ടാകാം നിലനിൽക്കാം നശിക്കുക ഭ്രാന്തി അങ്ങനെയല്ല അതിന് ഉത്പത്തി നാശങ്ങൾ വരുപോല പുസ്തകത്തിൻ്റെ അങ്ങനെയല്ല ഉത്പത്തി അത് വേറെ ഒന്നാണ് സ്ഥിതി മറ്റൊന്നാണ് നാശം മറ്റൊന്നാണ് അതുകൊണ്ടാണ് അതിന് വ്യവഹാരം എന്ന് പറയുന്നത് ഭ്രാന്തി അങ്ങനെയല്ല ഉത്പത്തി സ്ഥിതി നാശങ്ങൾക്ക് അവിടെ ഭേദം കല്പിക്കാൻ കാരണം അത് സ്വയം കല്പിതമാണ് ഈ അനാത്മബോധം കല്പിതമാണ് ആരോപിതമാണ് അതിൻ്റെ ഉത്പത്തിസ്ഥിതി നാശങ്ങൾ എന്ന് പറയുന്നതിന് പ്രത്യേകതയില്ല ഇല്ലാത്തങ്ങനെ നശിക്കും ഇല്ലാത്തങ്ങനെ സ്ഥിതി ചെയ്യും ഇല്ലാത്തങ്ങനെ ഉണ്ടാകും അതുകൊണ്ടാണ് അതിന് എന്ന് പറയുന്നത് ശരി അതുകൊണ്ട് തന്നെ ജ്ഞാനം ജ്ഞാനത്തിന് കാരണമായ ജീവഭാവം ഇതിനെല്ലാം ജ്ഞാത ജ്ഞാനം തന്നെ നിഷേധിക്കുന്നു ജീവനോ സുഷ്തിയിലെന്നതുപോലെ സദ്രുവത്തിൽ പ്രകാശിക്കുന്നു ജാഗ്രത അതാണ് ആത്മജ്ഞാനത്തിൻ്റെ ഫലം അതിന് സുഷൃത്വ ദൃഷ്ടാന്തത്തിലൂടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലായില്ലേ വീണ്ടും പറയുന്നു ഭൂയഏബമാ ഭഗവാൻ വിജ്ഞാപ ദിഷ്ടാന്തേന്ന് വീണ്ടും ഇതിനെ ദൃഷ്ടാന്തത്തിലൂടെ ഒന്ന് ബോധിപ്പിക്കുന്നു തഥാ സ്വമ്യ ഹോ വാച പിത ഇതൊരു സ്വഭാവം അതാണ് വിശേഷത അതാണ് പിടി കിട്ടിയതുപോലെതൊന്നും പിടികിട്ടത്തില്ല ിച്ചതുപോലെ അതൊന്നും ഗ്രഹിക്കത്തില്ല പിടിത്തരത്തില്ല അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് അത് ഒന്നുകൂടി വിശദമാക്കുക കാരണം ഇതിനെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് ബുദ്ധിയുടെ ആയാസമാണ് അത് ഒരു പരിധി വരെ പറ്റും ഇതിന്റെ ഗ്രഹണമെന്ന് വരുന്ന ബുദ്ധിയുടെ ആയാസം അറ്റുപോകുന്നതാണ് അതുകൊണ്ട് നിശ്ചയിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇന്ന സമയത്ത് അതിനഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല വീണ്ടും വരും സംശയങ്ങൾ വിവരങ്ങളെല്ലാം വരും അതുണ്ടെങ്കിലേ ചോദ്യമുള്ളൂ സംശയവിവര്യങ്ങളില്ലാത്തയാളു ചോദ്യമേണ്ട ഇതിനെ സംബന്ധിച്ച് ഇന്ന് വീണ്ടും ചോദിക്കുന്നു എന്തോ ഒരു പോരായ്മ ഭൂയെ ഏവമേ ഭഗവാൻ വിജ്ഞാപിച്ചു തഥാശരി അസമ്യമതോ മധ്യേനേത്യാേ സ എ ജീവേനാത്മന അനു പ്രഭൂത പേപീയമാനോ മോദമാന തിഷത്തി അസേക ശാഖാ യോ ജതി അഥ സ ശിഷ്യതി ദ്തീയാം ജാതി അഥ സ ശിഷ്യതി തൃതീയാം ജാതി അഥ സുഷ്യം ജാതിഷ്യമേവു സോമ്യ വിധിവാച ജീവാപേതം വാവക്കി ഇതം മിയേത നീവോ മിതി യേശുവാണിമേ ദംസം സത്യം ആയിപ്പോയിരുന്നാരും വായിച്ചെന്ന് നോക്കാറുണ്ട് ഇവിടെ ഇത് കഥാപ്രസംഗം കേൾക്കത്തേ ഉള്ളു വായിക്കാൻ ആർക്കും അറിയത്തില്ല അക്ഷരാഭ്യാസം ഇല്ല അക്ഷരാഭ്യാസം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ അഭ്യാസം ആവർത്തി വായന അങ്ങനെ അക്ഷരാഭ്യാസം എന്ന് പറയുന്നു അതില്ല വായിക്കുന്നില്ല കേക്കുന്നുണ്ട് അല്ലയോ മകനെ ഇനിയും പറയാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ദൃഷ്ടാന്തം എന്താണ് മഹതുശാഖാദിയുക്തസ്ഥിതം വൃക്ഷം ദർശേന ആ കാട്ടിലാണ് ഇരിക്കുന്നത് പത്തനം ഉപദേശിക്കുകയാണ് അപ്പൊ മുമ്പിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ച് പ്രത്യക്ഷമായ ദൃഷ്ടാന്തത്തെ കാണിച്ച് ഉപദേശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ ഇന്ന് ഓരോ സിദ്ധാന്തങ്ങളെല്ലാം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സമർത്ഥിക്കുന്നതുപോലെ ആത്മവിദ്യക്കും അങ്ങനെ ഉദാഹരണങ്ങളിലൂടെ വിശദമാകും മനസ്സിലായില്ലെങ്കിൽ അതാണ് ബുദ്ധിക്ക് പോരായ്മ വരുമ്പോൾ ഉദാഹരണങ്ങളെ ആശ്രയിക്കുകയും ചെയ്യും ഉപമകളെ ആശ്രയിക്കേണ്ടി വരും കഥകളെ ആശ്രയിക്കേണ്ടി വരും ശ്രദ്ധിയും അത് തന്നെ ചെയ്യുന്നുണ്ട് പറയുന്നു വൃക്ഷതഹ മുമ്പിൽ നിൽക്കുന്ന വൃക്ഷത്തെ കാണിച്ചു കൊടുക്കുന്നു പുത്തന എന്നിട്ട് പറയുന്നു യു കസ്യത മൂല അഭ്യാഹന്യ പരിശോധന സഹൃദ്ധ മാത്രേണ നശിഷ്യതി ആ മരത്തിൽ ഒരു മഴ കൊണ്ട് വെട്ടുക എന്റെ ചുവട്ടി തന്നെ വെട്ടിക്കൂടും ശിക്ഷി ഉണങ്ങുന്നില്ലല്ലോ ജീവൻ ലൈവോധി അത് അങ്ങനെ തന്നെ നിൽക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല തഥാ തസ്യ രസസ്രവേ മൂല അഭ്യാഹന്യ ജീവിക്കുന്നു എന്നുള്ളതിനെന്തടയാളം അന്റെ ഇലകൾ പാടുന്നില്ല കുഴിയുന്നില്ല അവരെ ഉണങ്ങുന്നില്ല മാത്രവുമല്ല അതിന്റെ രസം അതിന്റെ കറ സ്രവിക്കുന്നുണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കറ കാണത്തില്ലല്ലോ അപ്പൊ ജീവനുണ്ട് ബോധവും ചലനവും ഇത് ജീവന്റെ അടയാളമാണ് ഇത് രണ്ട് ജീവനുള്ളടത്തേ സംഭവിച്ചു ജീവസാന്നിധ്യത്തിലെ സംഭവിച്ചു ബോധവും ചലനവും ോധത്തിൽ ജീവന്റെ നേരിട്ടുള്ള സാന്നിധ്യമാണ് ചലനത്തിൽ അതിൻ്റെ പരമ്പരയായിട്ടുള്ള സാന്നിധ്യം വേണം ആയാലും മതി താൻ തന്നെ അറിയുന്നു പ്രപഞ്ചത്തെ അറിയുന്നു അത് ജീവന്റെ ബോധത്തിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം മരിച്ചുപോയി ജീവിച്ചത് ഇപ്പോൾ ചലനം ഉണ്ടായാലും കയ്യും കാലമൊക്കെ ചലിച്ചു മരിച്ചാൽ പിന്നെ ചലനം നേരിട്ട് സംഭവിക്കില്ല പക്ഷെ വേറെ ആരെങ്കിലും പൊക്കിയെടുത്താൽ പൊങ്ങൂ പരമ്പരയായിട്ടുള്ള സാന്നിധ്യമാണ് ജീവന്റെ ബോധത്തിന്റെ ചലനം സംഭവിക്കും പക്ഷെ രണ്ടിനും ഒരു ജീവസാന്നിധ്യം ഉണ്ടെങ്കിലും അത് ചലിക്കത്തില്ല മൃതശരീരം ചലിക്കില്ല ആരെങ്കിലും ചലിപ്പിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം അതിനെ പിന്നിൽ അന്വേഷിച്ചു പോയാൽ അത് ജീവ സാന്നിധ്യത്തിൽ ചെന്നു എന്ത് ചലിപ്പിച്ചാലും രണ്ടും ജീവന്റെ അടയാളമാണ് അവിടെ വൃക്ഷത്തിൽ നിന്ന് രസസ്രവിക്കുന്ന ശ്രവണം ചലനമാണ് അവിടെ ജീവസാന്നിധ്യമുണ്ട് അതിൽ തന്നെ ഉണ്ട് എന്നാണ് തഥാ യോ മധ്യ ജീവൻ സ്രവയെ ഇനി അതിൻ്റെ ചോട്ടിലോ മധ്യത്തിലോ തഥാ അഗ്ര മുകളിലോ അഭ്യാഹന്യാണെങ്കിലും അതിന് വെട്ടിനോക്കുക ജീവൻ സ്രവയെ ജീവൻ അവിടെ സ്ഫുരിക്കുന്നതായി കാണാം നശിക്കുന്നില്ല സേവ ഇതാനും ആത്മന അനുപ്രഭൂതോ അനുവ്യാപ്ത അതുകൊണ്ട് ഈ വൃക്ഷൻ എന്താണ് ജീവേന ആത്മന ജീവൻ ആത്മാവ് അതിനുണ്ട് ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയും മതഗ്രന്ഥങ്ങളിലും മറ്റും മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ മറ്റു പ്രാണികൾക്ക് ആത്മാവില്ല പശുവിനില്ല പന്നിക്കില്ല അതിനൊന്നും ആത്മാവില്ല ശുദ്ധാസംബന്ധം ഇവിടെ പറയുന്നത് അങ്ങനെയല്ല സർവത്തിനും ആത്മാവുള്ളൂ നമ്മൾ പൂർണമായും ജഡമെന്ന് കരുതുന്നതിന് പോലും അവിടെ ആത്മാവുണ്ട് എന്നാണ് പിന്നെ ചൈതന്യം നേരിട്ട് കാണുന്ന ഒന്നുമില്ല അത് മനുഷ്യനാകണമെന്നില്ല വൃക്ഷമായാലും മതി അതിന് ആത്മാവുണ്ട് ജീവനാത്മന അനുപ്രഭൂത അനുവ്യപ്ത ജീവാത്മാവ് അതിൽ വ്യാപിച്ചിരിക്കുന്നു അതിന് വേറെ വലിയ പരീക്ഷണങ്ങളൊന്നും വേണ്ട കേവലം യുക്തി ഉണ്ട് തന്നെ മനസ്സിലാക്കും അതാണ് വെട്ടി നോക്കി അതിൽ നിന്ന് കറ വരുന്നുണ്ട് അത് തന്നെ അത് ജീവനുണ്ട് ർഷം പ്രാപ്ന പേപീയമാനോ അത്യർത്ഥം പിപൻ ഉദകം അത് വെള്ളം കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ആവശ്യത്തിന് ചുവട്ടി വെള്ളം കുടിക്കുന്നു അത് കുടിക്കുന്നുണ്ട് ഭൗമാംശിരസാൻ ഭക്ഷിക്കുന്നുണ്ട് ഭക്ഷിക്കുന്നുണ്ട് പല രസങ്ങള് ഭൗമരസങ്ങള് അതിനാവശ്യമുള്ള എങ്ങനെയാണോ അല്ല തന്നെ ശരീരത്തിനാവശ്യമുള്ള രസങ്ങൾ ലഭിക്കുന്ന അതുപോലെ വൃക്ഷവും പല രസങ്ങളെയും പാർത്ഥിവമായ രസങ്ങളെ അത് ഗ്രഹിക്കുന്നത് ഭക്ഷണവും പിന്നെ ജീവനല്ലാതെ എങ്ങനെ സംഭവിക്കും മോദമാൻ ഹർഷം പ്രാപ്തന് ദൃഷ്ടന്തി പറയുന്നു അതും വികാരങ്ങളുണ്ട് അതും പറയും വൃക്ഷങ്ങൾക്ക് വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ സന്തോഷം വരുന്നു സന്തോഷത്തോടു കൂടി നിൽക്കുന്നു അതില്ലെങ്കിൽ അത് ദുഃഖിക്കും ബാടും കരിയും നശിക്കും അത് നിന്ന് പറഞ്ഞ ഉദാഹരണങ്ങളും മാറ്റി പറയുകയാണ് സിംഹം വ്യാക്രം വരാഹം അതിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തതയുണ്ട് ഉറപ്പുണ്ട് അതെല്ലാം ചിരിക്കുന്നതും കരിയുന്നതും ഒക്കെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും സന്തോഷിക്കുന്നതും ദുഃഖിക്കുന്നതുമെല്ലാം പ്രത്യക്ഷമായി അറിയാം വർഷകാലം പറയുന്നു വൃക്ഷവും അങ്ങനല്ല താതികളും അങ്ങനെയല്ല കാരണം അത് വെള്ളം കുടിക്കുന്നു ആഹാരം കഴിക്കുന്നു അത് കിട്ടുമ്പോൾ അത് സന്തോഷത്തോടെയിരിക്കും അത് കിട്ടിയില്ലെങ്കിൽ ദുഃഖിക്കും തസ്യസ്യ ദേഗാം ശാഖാം രോഗഗ്രസ്ത ആഹത്താം ജീവോ ജഹാദി ഉപസംഹരി ശാഖായ വിപ്രസ്തുതം മാംസം പറയുന്നു ഇനി ആ വർഷത്തിൻ്റെ ഒരു ശാഖേ അത് അസുഖം വന്ന് ഉണങ്ങിപ്പോയതാകാം അല്ലെങ്കിൽ ആരെങ്കിലും വെട്ടിയതാകാം അങ്ങനെ സംഭവിച്ചാൽ ജീവോ ജഹാതിന് ജീവൻ വിട്ടുകളും ആ വൃഷത്തെ ആ ഭാഗത്തെ ജീവൻ ഉപേക്ഷിക്കുന്നു മനുഷ്യനും അങ്ങനെയാണ് ഒരു കൈ മുറിഞ്ഞു പോയാൽ ജീവനുപേക്ഷിക്കുന്നു കണ്ണു പോയാൽ ജീവനുപേക്ഷിക്കുന്നു കാല് പോയാൽ ജീവനുപേക്ഷിക്കുന്നു പിന്നെ ജീവൻ അവിടെ പിടിച്ചു നയിക്കുന്നുണ്ടോ അത് നശിച്ചു ഒന്നും പിന്നെ അത് നിലനിൽക്കുന്നുണ്ട് വൃക്ഷത്തിനും അതുപോലെ തന്നെ ഉപസംഹരി ശാഖായം വിപ്രസൃതമാൻ അവിടെ നിന്ന് പിൻവലിയുന്നു ഒരു വൃക്ഷത്തിന്റെ ശാഖേദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ജീവൻ അവിടെ നിന്ന് ജീവന്റെ അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആശിപ്പിക്കുന്നു ബോധസ്ഫരണവും കർമ്മ ചലനവും എല്ലാം അവിടെ അവസാനം മറ്റു പ്രാണികളിലും അങ്ങനെയാണ് അധസാ ശിഷ്യതിപ്പോഷ്യതിയാന് ജഹാദി അധസാ ശിക്ഷതി അങ്ങനെ തന്നെ ഓരോ ശാഖകളെയും വെട്ടിമുറിക്കും അത് നശിച്ചുപോകുന്നു ചില വൃക്ഷങ്ങളൊക്കെ ഉണ്ട് ശാഖയും മുറിച്ചാൽ ശാഖ വീണ്ടും നശിക്കാതിരിക്കും നശിക്കാതിരിക്കുന്ന അതിൻ്റെ അർത്ഥം അവിടെ മറ്റൊരു ജീവനാസ്ഥ ചുമതല ഏറ്റെടുക്കും അത് വീണ്ടും അതിലൂടെ ജീവിക്കുന്നു അങ്ങനെ സംഭവിക്കാം ഇവിടെ അങ്ങനെയല്ല നശിക്കുന്നതിൻ്റെ ഉദാഹരണം പറയുന്നത് സർവപ്രാണികൾക്കും അങ്ങനെയാണ് ഗർഭസ്ഥ ശിശു അതിനൊരു ജീവൻ ഏറ്റെടുക്കുമ്പോൾ അത് അമ്മിയുമായിട്ടുള്ള ബന്ധത്തെ പേർ പിടിക്കുന്നു രണ്ട് ജീവനാകും അത് വളരെ കാലം ഒരു ജീവനായിരുന്നു ഇതിന്റെ രണ്ട് ജീവനായി മാറുന്നു അതുപോലെ തന്നെ വൃവക്ഷശാഖ ഛേദിച്ചാലും അത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരു ജീവൻ അതിനേറ്റെടുക്കും അങ്ങനെ പോകും പക്ഷേ ണങ്ങുന്നത് നമ്മൾ കാണുന്നു നശിക്കുന്നത് അങ്ങനെ നശിക്കുന്നിടത്തം സംഭവിക്കുന്നു ആ ജീവൻ അതിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അതിൽ നിന്ന് പിൻവലഞ്ഞു അതാ മാതൃപക്ഷത്തിലേക്ക് ഒതുങ്ങും അങ്ങോട്ടുള്ള എല്ലാ ബന്ധുവും അവസാനിപ്പിക്കുന്നു അതെല്ലാം കർമ്മഗതി അത് നിർണയിക്കുന്നു വാങ് മനപ്രാണകർണഗ്രാമ അനുപ്രവിഷ്ടോ ഹിജീവ ഇതി തത് ഉപസംഹാരേ ഉപസംഹ്രീ ജീവൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുകയല്ലോ അത് വാക്ക് മനസ്സെന്ന് ഇന്ദ്രിയങ്ങൾ കർണങ്ങൾ ഇന്ദ്രിയ സ്ഥാനങ്ങൾ സർവത്ര അത് അനുപ്രവേശം ചെയ്തിരിക്കുകയാണ് തത്സൃഷ്ടനുപ്രാവശ്യ അതിനോട് സൂചിപ്പിക്കുകയാണ് എന്നുവെച്ചാൽ സർവത്ര അത് വ്യാപിച്ചിരിക്കുകയാണ് അതിൽ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയാൽ സ്വാഭാവികമായിട്ടും ജീവൻ അതിനെ വിടുന്നു ജീവന ച പ്രാണയുക്തേന അസിതം പീതം രസതാം വൃക്ഷം വർദ്ധയത് രസരൂപേണ ജീവസ് സദ്ഭാവേ ലിംഗംഭവതി ആ ജീവൻ ഇവിടെ ശരിയായൊരു ജീവൻ തന്നെയുണ്ട് ഈ മനുഷ്യ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ വ്യാഖ്ര മൃഗാദി ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജീവൻ അതിൻ്റെ പൂർണ്ണരൂപത്തിൽ തന്നെ അവിടെയുള്ളു ജീവൻ പൂർണ്ണരൂപത്തിലിരിക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം ഇതെല്ലാത്തോടും കൂടി ഇരിക്കുകയാണ് പ്രാണയുക്തേ അതെല്ലാം ഉള്ളതുകൊണ്ടാണ് എന്താണ് അത് കുടിക്കുകയും തിന്നുകൊക്കെ ചെയ്യുന്നത് വായുണ്ടാതെ കുടിക്കാനും തിട്ട അപ്പോൾ അത് ആ ശരീരത്തിനനുസരിച്ചവിടെയിരിക്കുന്നു മനുഷ്യന്റെ വായലുള്ള മൃഗങ്ങളിരിക്കുന്നു ഓരോ പ്രാണിക്കും അനുയോജ്യമായ കർണങ്ങൾ ഇരിക്കുന്നത് പോലെ വൃക്ഷത്തിനുമുണ്ട് അതിനനുയോജ്യമായ കർണം പ്രാണയുക്തേന കർണങ്ങളുണ്ട് പ്രാണനുണ്ട് മനസ്സുണ്ട് അംഗങ്ങളുണ്ട് അശുതം പീതം ചരസാംഗതം തുന്നതും കുടിച്ചതുമെല്ലാം വൈരസരൂപത്തിലായി ജീവശരീരം വൃക്ഷം വർദ്ധയത് ഈ മനുഷ്യ രസം ഈ ശരീരത്തെ പോഷിപ്പിക്കുന്നതുപോലെ വൃക്ഷശരീരത്തിലെ രസങ്ങൾ അതിനെ പോഷിപ്പിക്കുന്നു പരിസരൂപീണ ജീവസി സദ്ഭാവ ലിംഗം ഭവതി പോഷണം കാണുന്നുണ്ട് ശ്രവണം കാണുന്നുണ്ട് ഇതൊക്കെ അടയാളമാണ് അവിടെ ജീവനുണ്ട് ജീവസദ്ഭാവത്തിന് അടയാളമാണ് जीव एकांग അശുതപീതാഭ്യം ഹി ദേഹേ ജീവ തിഷത്തിസാരണി തൈകല്പനിമിത്തം കർമ്മ യഥാ ഉപസ്ഥിതം കുടിച്ചും എങ്ങനെയാണോ ഈ ശരീരത്തിൽ ജീവനിക്കുന്നു അതുപോലെ വൃക്ഷ ശരീരത്തിനും ആ ജീവനിരിക്കുന്നു പശുതപ്പീതേ ജീവകർമാനുസാരണീ അതെല്ലാം ജീവകർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്തു കുടിക്കുന്നു എന്ത് തിന്നുന്നു എത്രമാത്രം കുടിക്കുന്നു എത്രമാത്രം തിന്നുന്നു എത്ര ദിവസം വരെ അത് കുടിക്കും എത്ര ദിവസം വരെ തിന്നും എന്നുപോലെ അത് കുടിച്ചു തുടങ്ങി എന്നുപോലെ തിന്നു തുടങ്ങി ഇത്തരം കാര്യങ്ങളെല്ലാം മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചെങ്ങനെയാണോ കർമ്മ നുസരിച്ച് വരുന്നത് അതുപോലെ തന്നെ കർമ്മത്തെ അനുസരിച്ച് ആവശ്യത്തിനും വരും മനുഷ്യന്റെ കയ്യോ കാലോ ഒക്കെ പോകുന്നത് എന്തുകൊണ്ട് അതിന്റെ നിമിത്തങ്ങൾ വരുമ്പോൾ പോകുന്നു എന്നും നമ്മൾ ധരിക്കും അതുമാത്രമല്ല ആ നിമിത്തങ്ങൾ വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കർമ്മത്തെ സ്വീകരിക്കേണ്ടി അതുപോലെ ഒരുവൻ ശാഖയെ ഛേദിച്ചെങ്കിൽ അതിന്റെ കർമ്മമാണ് കർമ്മത്തിനനുസരിച്ചാണ് അതിന് ഹേതുവായി കർമ്മവും വേണം ജീവകർമാനുസാരണേകാഗ വൈകൽപ്പനിമിത്തം കർമ്മം ഇതാ ഉപസ്ഥിതം പോകിയതാണ് ആ വൃക്ഷത്തിന്റെ ആ ഒരു ശാഖയെ ഛേദിക്കുന്നതിനുള്ള കർമ്മം ഉപസ്ഥിതമാകുമ്പോൾ ആരെങ്കിലും വന്ന് ആ വൃക്ഷത്തിന്റെ ആശാഖയെ ശരി മനുഷ്യനെ പോലെ മറ്റ് ജീവികളെപ്പോലെ അതിന്റെ ഏതെങ്കിലും ഒരു അംഗത്തിന് വികലത ന്യൂനത സംഭവിക്കണം അതിന്റെ കർമ്മം എത്തിച്ചേരുമ്പോൾ ഏതെങ്കിലും രോഗം വന്നോ അപകടം വന്നോ മനഃപൂർവമായിട്ടോ സ്വയം എങ്ങനെയെങ്കിലും ആ അംഗത്തിന് വിയോഗ സംഭവം സംഭവിച്ചിരിക്കും അതാണ് തസ്യ ഏകാങ്ക വൈകല്പ നിമിത്തം കർമ്മയേതാ ഉപസ്ഥിതം പോയി തഥാ ജീവ ഏകശാഖാന് ആ ഒരു ശാഖ ജീവൻ വിട്ടുകടങ്ങി കാരണം കർമ്മ ശാഖായ ആത്മാനുപം ആ നിന്ന് തന്നെ പിൻവലിക്കുന്നു എന്താ കൈ മുറിഞ്ഞു പോയാൽ പിന്നെ ആ കയ്യിൽ അത് പടഞ്ഞ് പടഞ്ഞ് നശിച്ചു ജീവൻ പിന്മാറി അതിനെ കൂടാതെയും ജീവന് നിലനിൽക്കാൻ കഴിയുന്നു ജീവനെ കൂടാതെ അതിനെ നിലനിൽക്കാൻ കഴിയുന്നില്ല അതിന് പിന്മാറ്റം എന്ന് പറയുന്നു അവന് ആത്മാന ഉപസംഹരിതി എന്ന് പറഞ്ഞു അസത്തതാ സശാഖാശിഷി അപ്പോൾ അശാഖാശിഷി ഉണങ്ങിപ്പോകുന്നു ജീവസ്ഥിതി നിമിത്ത രസോ ജീവകർമ്മാക്ഷിപ്തോ ജീവോസംഹരി ജീവകർമ്മം ജീവന് ശരീരത്തിൽ നിലനിർത്തുന്നതിന് ഹേതുവായിരിക്കുന്ന എന്താണ് രസം അതാണ് പറഞ്ഞത് ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യനായാലും പ്രാണികൾക്കായാലും ഭക്ഷാദികൾക്കായാലും അതിൽ നിന്നൊരു രസമുണ്ടാകും ആ രസമാണ് ശരീരത്തെ നിലനിർത്തുന്നത് ജീവകർമാ അതിന് ജീവകർമ്മം ഭക്ഷണം കിട്ടണം കിട്ടിയാൽ കഴിക്കണം കഴിച്ചാൽ അത് ദഹിക്കണം ദഹിച്ചാൽ അതിന് രസം ഉണ്ടാകണം ഇതിന് ഈ ക്രമനിയമം ഭക്ഷണം ലഭിക്കുക ഭക്ഷിക്കുക പരിണാമം സംഭവിക്കുക രസമാകുക ഒരു ക്രമനിയമം കാണുന്നുണ്ടോ അക്രമനിയമം ജീവസാന്നിധ്യത്തെ കാണിക്കുന്നു അതുകൊണ്ട് രസം ഉണ്ടാകുന്നു ശരീരത്തിൽ അതുകൊണ്ട് ശരീരം നിലനിൽക്കുന്നു അതാണ് ജീവസ്ഥിതി നിമിത്തവും രസവും അതുകൊണ്ട് ജീവസ്ഥിതിക്ക് നിമിത്തമായിരിക്കുന്ന ആ രസമാണ് കർമ്മ ജീവകർമാക്ഷോ ജീവകർമ്മം കൊണ്ടുവന്നുമാണ് അത് പറയും സർവത്തിനും കർമ്മസാധാരണ കാരണമാണ് ഒരു പൊതു കാരണം സർവവും കർമാധീനവും പറയും മറ്റുള്ളതിൽ സ്ഥാനമില്ലെന്നുള്ള പറയുന്നു പ്രയത്നത്തിന് സ്ഥാനമില്ലെന്നുള്ള പറയുന്നു പക്ഷെ കർമ്മം പ്രയത്നത്തിന് സഹകാരിയായിരിക്കുന്നു അല്ലെങ്കിൽ പ്രയത്നം പൂർത്തിയാകത്തില്ല പ്രയത്നം പൂർത്തിയാകത്തില്ലെങ്കിൽ ഫലവും ഉണ്ടാകത്തില്ല ജീവകർമ്മ കർമാക്ഷിപ്തമായിരിക്കുന്ന ഈ രസം ജീവ ഉപസംഹാരേന ജീവനില്ലാതായ പിന്നെ അതവിടെ ഇരിക്കത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ശാഖ നശിച്ചു വൃക്ഷത്തെ സംബന്ധിച്ചാണ് ജീവികളെ സംബന്ധിച്ചാണെങ്കിൽ രണ്ട് അവയവങ്ങൾ നശിക്കുന്നു രസാപകമേറ്റ് ശാഖ ശോഷണം രസം ഇല്ലാതാക്കി കഴിയുമ്പോൾ ശാഖ സൂക്ഷിച്ചു വൃക്ഷം നിൽക്കുക തന്നെ ശോഭിക്കുന്നു ഈ ശരീരം ഇരിക്കുക അവയവങ്ങൾ നഷ്ടപ്പെടുന്നു തഥാ സർവം വൃക്ഷമേവ യഥാ യം ജഹാദി തഥാ സർവീക്ഷിച്ചു ഇനി ജീവൻ എന്ത് ചെയ്യുന്നു ഓരോന്നോരോന്നായി വിട്ട് പരീക്ഷിച്ചു നോക്കി അപ്പോഴാണ് മനസ്സിലായത് ഓ ഈ ശരീരം ഇത് ഇനിയിരിക്കാൻ കൊള്ളത്തില്ല ഇതും വിടാം ഓരോ ശാഖകളെയും വെട്ടിമുറിക്കുമ്പോൾ വൃക്ഷം ഇതിനകത്ത് ഒന്നും തെന്നാനും കുടിക്കാനൊന്നും കഴിയില്ല ജീവന ഉപേക്ഷിച്ചു പോകുന്നു സർവം വൃക്ഷമേ വേതായും ജഹാദി എപ്പോഴാണ് സമ്പൂർണ്ണ വൃക്ഷത്തെയും ഉപേക്ഷിക്കുന്നത് തത് സർവോപി വൃക്ഷ ശിക്ഷിക്കും സർവീവം പൂർണ്ണമായും ഉണങ്ങിപ്പോകുന്നു വൃക്ഷശ്രവണ സ്രോഷ്ണാദി ലിംഗാ ജീവത്വം ദൃഷ്ടാന്തശ്രീതനാവൗതമത അചേതനാഹസ്ഥർശനം പോകുന്നു വൃക്ഷസരസശ്രവണശോഷണാദി ലിംഗ വൃക്ഷത്തിൽ രസശസ്രവിക്കുന്നത് കാണാം ശോഷണം കാണാം ഇതുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ ജീവതത്വം അതിന് ജീവനുണ്ടെന്നറിയാം ഭക്ഷണദാദികൾക്കൊക്കെ ജീവനുണ്ടെന്ന് ശങ്കരാചാര്യർക്കും ആയിരം വർഷം കഴിഞ്ഞ് കണ്ടുപിടിച്ചു എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് അതല്ല അവിടെ കണ്ടുപിടിച്ചു എന്നുള്ള എന്റെ അർത്ഥം എന്താണോ അതിന് ആധുനികമായ ഭൗതിക പരീക്ഷണങ്ങളിലൂടെ അതിനെ ഉറപ്പിച്ചു എന്നുള്ളു തെളിയിച്ചു എന്നു അല്ല കണ്ടുപിടിച്ചതാണ് കണ്ടുപിടിച്ചത് ഇവരൊക്കെയാണ് ഋഷിമാരാണ് കണ്ടുപിടിച്ചത് പക്ഷെ ആധുനികമായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഇല്ല അതുകൊണ്ട് ഈ ഇത്തരം ഉപകരണങ്ങളിലൂടെ അതിനെ തെളിയിക്കാനും കഴിഞ്ഞില്ല അത്രയുള്ളൂ എന്നുള്ളവരത് തെളിയിച്ചു കണ്ടുപിടിച്ചത് ആ കണ്ടുപിടിച്ചത് എങ്ങനെ ദൃഷ്ടാന്ത ശ്രദ്ധേഹി പ്രത്യക്ഷമായി ദൃഷ്ടാന്തത്തിലൂടെ അത് കണ്ടുപിടിച്ചു നേരിട്ട് കണ്ട് യുക്തിയിലൂടെ മനസ്സിലാക്കി ബോധ്യപ്പെട്ടു അതാണ് വരുന്നത് രസശ്രവണശോഷണം ആദരിക്കുന്നത് ഇത് തന്നെ ഈ അടയാളത്തിൽ ഇത് യുക്തിയാണ് പ്രത്യക്ഷവുമാണ് ജീവത്വം നല്ല ജീവനുണ്ട് ദൃഷ്ടാന്ത ശ്രദ്ധിച്ചാൽ ചേതനാവന്ത സ്ഥാപരാഹ അതുകൊണ്ടും എന്താണ് ഇവിടെ പറയുന്നത് ദൃഷ്ടാന്തം കൊണ്ടും സ്ഥാപരാഹചേതനാവന്ത സർവ സ്ഥാപനങ്ങളും ചേതന ഉള്ളതാണ് എന്തായാലും ചേതനുള്ളതാണ് ഇനി അതുകൊണ്ട് ബൗദ്ധ കാണാത മതം അചേതന സ്ഥാപന അതുകൊണ്ട് ബൗദ്ധന്മാരും കാണാതന്മാരും മറ്റും പറയുന്നു അവരുടെ സിദ്ധാന്തം തോന്നാണ് ചേതനമാണ് ചേതനങ്ങളെല്ലാം അചേതനമാണ് ചേതനമായി നമ്മൾ കരുതുന്ന വിക്ഷാദികളെല്ലാം സ്ഥാപനങ്ങളെല്ലാം അചേതനമാണ് അത് വന്ന് നിഷേധിച്ചു അവരങ്ങനെ പറയുന്നു എന്നുള്ളത് ബൗദ്ധരിലൊരു പക്ഷമാണ് പറയുന്നു ഇതെല്ലാം അച്ചേതനമാണ് സ്ഥാപനങ്ങളേതനമാണ് എല്ലാ ബൗദ്ധരും പറയുന്നുണ്ട് ആ ഒരു പക്ഷത്തെ അണുഭാഷക്കാരൻ പറയും കാണാതന്മാർ കണാതമത വൈശേഷിക ദർശനത്തിൽ അതിലും പറയുന്നുണ്ട് എന്താണ് സ്ഥാപരാഹാദനാ സ്ഥാപനങ്ങൾ അച്ഛേതനമാണ്ക്ക് എന്തുകൊണ്ടവരങ്ങനെ പറയാൻ കാരണം ഭക്ഷാദികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ജീവനില്ല എന്ന് നിർണ്ണയിക്കാൻ കാരണം എന്താണ് കാരണം ഈ ജീവനെപ്പോലെ മനുഷ്യനെപ്പോലെ മൃഗാദികളെപ്പോലെ പക്ഷിയെപ്പോലെ അത് സംവേദനം കാണുന്നില്ല ചിരിക്കുന്നതും കരയുന്നതും കാണാൻ കഴിയും അനുകൂല പ്രതികൂലങ്ങളോട് പ്രതികരിക്കുന്നില്ല അനുകൂലത്തോടുള്ള പ്രതികരണം ചിരിക്കുക പ്രതികൂലത്തോടുള്ള പ്രതികരണം കരച്ചിൽ ഇത് കാണുന്നില്ല അതുകൊണ്ടാണ് അവർ പറഞ്ഞത് പോകാതിര ജീവനെന്നുണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കണമെന്ന് അത് വാസ്തവത്തിൽ ജീവൻ ഇല്ലാത്തതുകൊണ്ടല്ല മറ്റ് ജീവന്മാർക്ക് പ്രകടമാകത്തക്ക രീതിയിലുള്ള ഉപകരണങ്ങൾ അതിലില്ലാത്തതുകൊണ്ടാണ് ഏതെങ്കിലും ഉപകരണം ഉപയോഗിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനും കണ്ടെത്താൻ പറ്റും ബാഹ്യമായ ഉപകരണങ്ങളുണ്ട് മറ്റെങ്ങനെയുണ്ട് ജീവന്മാരിൽ അതിനുള്ള തരണങ്ങളുണ്ട് കരയാനും ചിരിക്കാനുമുള്ള തരണങ്ങളുണ്ട് അതിലൂടെ അത് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരത് തിരിച്ചറിയുന്നു ഇത്രയുള്ള വ്യത്യാസം ഇവിടെ തിരിച്ചറിയാൻ ഉപായങ്ങളൊന്നുമില്ല കേവല യുക്തിയുള്ളൂ ആ യുക്തി വെച്ചാണ് ഭാഷക്കാരൻ സമണിച്ചെന്താണ് അത് വെള്ളം കുടിക്കുന്നു ജലം ഭക്ഷിക്കുന്നു വളരെ സന്തോഷത്തോടുകൂടി അതിങ്ങനെ സ്ഥിതി ചെയ്യുന്നു അതെല്ലാം കൊണ്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ അത് ദുഃഖിക്കുന്നു അതുകൊണ്ട് മനസ്സിലാക്കാം അതിന് ജീവനുണ്ട് അത് ബൗദ്ധന്മാരും കാണാതന്മാരും പറഞ്ഞ സിദ്ധാന്തം ശരിയില്ല അല്ലെങ്കിൽ ഇന്നത്തെ മറ്റു പല മതഗ്രന്ഥങ്ങളിലും പറയുന്നു ഇതിനൊന്നും ജീവനില്ല കൊല്ലുകയെ തിന്നുകയെ ചെയ്യും ദോഷമൊന്നുമില്ല ആത്മാവ് മനുഷ്യനെ ഉള്ളു എന്ന് പറയുന്നതെല്ലാം ശ്രദ്ധാസംബന്ധമാണോ നിഷേധിക്കേണ്ടതാണ് വിധി ദർശിതം ഭൗതി അതൊന്ന സാരമുള്ളതല്ല എന്നുവെച്ചാൽ ബാലന്മാർ പറയുന്നതാണ് വിവരമില്ലാത്തവർ പറയാണ് അതിനൊന്നും പ്രാധാന്യം കൊടുക്കണ്ട കാര്യം ആസാരം യഥാ അസ്മിൻ വൃക്ഷ ദൃഷ്ടാന്തയെ ദർശിത ജീവേനായുക്തോഷ്കോ രസപാനാദിയുക്തോ ജീവതി എത്തിച്ചത് തപേതശംപ്രിയതെത്തിച്ചത് ഈ ദൃഷ്ടാന്തത്തിൽ പറഞ്ഞുകൊണ്ടാണ് ജീവയുക്തനായ വൃക്ഷം അശുഷ്കനായിരിക്കുന്നു ഉണങ്ങാതിരിക്കുന്നു രസപാനാദിയുക്തോ രസപാനാദികളോടുകൂടിയിരിക്കുന്നത് ജീവതി ജീവിച്ചിരിക്കുന്നു ജീവതി ജീവപ്രാണധാരണ എന്ന ഭാഗം ഉണ്ടായതാണോ ജീവിച്ചിരിക്കുന്നു തഥേ രസംപ്രിയത അതില്ലെങ്കിൽ അത് നശിക്കുന്നു ജീവസാന്നിധ്യം ശരീരം പോലെ തന്നെ ജീവസാന്നിധ്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു ജീർണിച്ചു പോകുന്നു ഏവേഖല സൗമ്യ വിധി ഹോ അത് അതുകൊണ്ട് ഇതിനങ്ങനെ മനസ്സിലാക്കുക പ്രിയപ്പെട്ട പുത്ര ജീവൻ്റെ സ്ഥിതി ഈ മനുഷ്യ ശരീരത്തിലുള്ളതുപോലെ തന്നെ സർവഭുഷാധികളും സർവപ്രാണിജാലങ്ങളിലുമുണ്ട് ആ ജഡമെന്ന് നമ്മൾ കരുതിൽ മാത്രമല്ല ജഡമെന്ന് കരുതി കൂടി അതിൻ്റെ സാന്നിധ്യമുണ്ട് ഏമീവക്കല് സൗമ്യവിദ്യ അതുകൊണ്ടാണ് പൃഥ്വിക്ക് ആത്മാവുണ്ട് ജലത്തിനാത്മാവുണ്ട് ബന്ധത്തിനാത്മാവുണ്ട് ആകാശത്തിനാത്മാവുണ്ട് ഇങ്ങനെയെല്ലാം പറയുന്നത് കൊണ്ടാണ് ആത്മാവ് സർവവ്യാപിയാണ് അതിന് മാറിയിരിക്കാനൊരു ഇടമില്ല അതിലാരോപിതമായിരിക്കുന്ന സർവത്തിനും അത് അനിശ്ചിതമായിരിക്കുന്നു പക്ഷെ അത് പ്രകടമാകുന്നൊരു വ്യത്യാസമുണ്ട് ചിലടത്ത് അത് വളരെ സ്പഷ്ടമായി പ്രകടമാകുന്നു മനുഷ്യ ശരീരത്തിലും മൃഗശരീരങ്ങളിലും ഭിക്ഷലതാതി ശരീരങ്ങളത് സുപ്തപ്രായത്തിലിരിക്കുന്നു ഇത്രയുള്ള വ്യത്യാസം ജീവാഭിതം ജീവവിക്തം അഖിലേ എന്ന ജീവ അത് പറയുന്നു ജീവവ്യുക്തമായ ഈ ശരീരം ആണ് മരിക്കുന്നത് ആത്മാവിനെല്ലാം മരണം ശരീരത്തിനാണ് ജീവവും ജീവൻ മരിക്കുന്നില്ല അസൃത് പ്രളയങ്ങളിലൊന്നും മരിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ അസദ്രൂപത്തെ സ്ഥിതി ചെയ്യുന്നു ശരി ഞാൻ ജീവനാണ് ഞാൻ മരിച്ചു പക്ഷേ എന്റെ മുമ്പിൽ സദ്രൂപത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യും ഈ ശരീര സ്ഥിതി ചെയ്യത്തില്ല മറ്റൊരു അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു ഇല്ലാതായിരുന്നു പക്ഷെ ആത്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അതാണ് ഇവിടെ എടുത്തു പറയുന്നത് അങ്ങനെ ജീവാഭേതം ജീവവിയുക്തം ആവെങ്കിലും ഇതെ ശരീരം പ്രിയതേ ജീവവിയുക്തമായാലേ നശിക്കത്തുള്ളൂ എന്നാൽ ജീവോ പ്രിയതേ ജീവൻ നശിക്കുന്നുണ്ട് സ്ഥിതി ചെയ്യുന്നു മരണം ജീവന്റെ നാശമല്ല കാര്യ ശേഷ സുപ്ത ഒത്തി ദേതം കാര്യം കാര്യശേഷം അപരിസമാപ്തം ഇത് സ്മൃത്വ സമാപന ദർശനം ഒരാളൊരു പ്രത്യേക പണി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും പണി പല ദിവസങ്ങളൊണ്ടാണ് അത് ചെയ്യേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് അത് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്രവൃത്തിയുടെ അനുസ്യൂത ആ ജീവന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു അപ്പോൾ ആ പ്രവൃത്തിയുടെ അനുസ്ഥ്യൂത മനുഷ്യനുണ്ട് പ്രാണികളിലുണ്ട് വിക്ഷലതാദികളിലുണ്ട് അതിനവിടെ ജീവിതത്തിന്റെ അനുസ്യൂതയുണ്ട് പക്ഷെ അതിനൊരിക്കലും ഒരു വിരാമ സംഭവിക്കുന്നു ജീവാഭേദം അതാ പറയുണ്ട് ആ പ്രവൃത്തിയുടെ അനുസ്യൂത വ്യവഹാരത്തിന്റെ വിരാമം അതാണ് ഇവിടെ പറയുന്നത് കാര്യശേഷേ സുപ്തോത്തിദാസിയ ഇങ്ങനെ സംഭവിക്കാം ജാഗ്രത എന്ന് പറയുന്നത് വ്യവഹാരത്തിന്റെ അനുസ്യൂതയാണ് വ്യവഹാരം അവിടെ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷെ എന്റെ വിരാമ സംഭവിക്കുന്നു സുഷുതി പക്ഷെ മരണത്തിൽ നിന്നും ഒരു വ്യത്യാസം കാണുന്നുണ്ട് മരണത്തിൽ പിന്നീട് ഈ ശരീരത്തിൽ വ്യവഹാരം തുടരുന്നില്ല അതും പോകുന്നു സുഷുതിയിലങ്ങനെയല്ല മമീതം കാര്യശേഷം പരിസമാപ്തം കൊണ്ടെടുത്തിട്ട് വരുന്ന എനിക്കിനി ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് മുമ്പ് അത് ദീർഘ സമയം നിന്ന് വ്യത്യസ്തമായി പറയുന്നു മമ്മ ഇതും കാര്യശേഷം ശേഷം അപരിസമാപ്തം ഇത് പൂർത്തിയാക്കിയില്ല വീണ്ടും ചെയ്യണം ഇത് സ്മൃത്വ ഓർമ്മിച്ചിട്ട് വീണ്ടും ആ അപൂർണമായ കാര്യത്തെ വീണ്ടും പൂർണമാക്കുന്നു അതുകൊണ്ട് മനസ്സിലാക്കുന്നത് മരണത്തിൽ ശേഷ കാര്യങ്ങളെ പൂർത്തിയാക്കുന്നതായി കാണുന്നുണ്ട് ആ ശരീരത്തിൽ അസമയം ഈ ശരീരത്തിൽ സുഷുപ്തിക്ക് ശേഷം വീണ്ടും കാര്യങ്ങളെ പൂർത്തിയാക്കുന്നതായി കാണുന്നുണ്ട് സമാപനം കാണുന്നുണ്ട് അതുകൊണ്ട് രണ്ടും രണ്ടാൾ അവിടെ ജീവൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അവിടെ മരണത്തിൽ ജീവൻ ശരീരത്തെ വിടുന്നു ശരീരത്തിൽ നിന്ന് മാത്രമല്ല ജാഥ മാത്രമാണ് അമ്മ ജന്തുവിന സ്തന്യ അഭിലാഷ ഭയാതി ദർശന ഒരു ശിശു ജനിക്കുന്നു മനുഷ്യനെന്നുള്ള എല്ലാ പ്രാണികളുടെയും ശിശുക്കൾ ജനിക്കുമ്പോൾ അതാതിൻ്റെ യോഗ്യതയനുസരിച്ച് സ്തന്യപാനം പോലെയുള്ള കാര്യങ്ങൾ പാല് ആഹാരം ചകഞ്ഞ് തിന്നുക കോഴിയും മറ്റും ഭക്ഷണം കഴിക്കുക അഭിലാഷമുണ്ടാകുന്നു അല്ലേ ഈ ഭാഷകാരം പറയുന്നത് എന്താണ് കഴിഞ്ഞ ജാഗ്രതയിൽ വളരെ കേമുമായി കാര്യങ്ങളൊക്കെ ചെയ്തു പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് ഉറങ്ങി ഉണരുമ്പോൾ വീണ്ടും ആഗ്രഹിക്കുന്നു അതെനിക്ക് പൂർത്തിയാക്കണമല്ലോ ഇതിനെ പഠിച്ച് ബാക്കിന്ന് പഠിക്കണമല്ലോ ഉണർവ് തന്നെ അഭിലാഷം വരുന്നു ആഗ്രഹം വരുന്നു അത് പൂർത്തിയാക്കുന്നു ഇതേ ആഗ്രഹം തന്നെയാണ് ആ ജാതമാതൃനായ ശിശുവിനും കാണുന്ന ആഗ്രഹം ജനിച്ച ഉടനെ എവിടെ നീ ആഗ്രഹം ഒരിക്കലും പൂർവ്വ ആഗ്രഹം ഉണ്ടാകുന്നു ഏതെങ്കിലും തരത്തിൽ അതിനനുഭൂതമായിരിക്കണം പ്രത്യക്ഷമായോ പരോക്ഷമായോ അനുഭൂതമായി അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവില്ല പൽപ്പായസം കുടിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം ഉണ്ടാവും ഇനി കുടിക്കേണ്ട കേട്ടാൽ മതി ആരെങ്കിലും വർണ്ണിച്ച് പറഞ്ഞു ഇന്നതാണ് ഉടൻ ആഗ്രഹം തരുന്നത് മധുരമാണ് ആഗ്രഹം അപ്പൊ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു വിവര ഒരു വിഷയത്തെ ഗ്രഹിക്കാതെ ആഗ്രഹം ഉണ്ടാകത്തില്ല അങ്ങനെയാണെങ്കിൽ ജാഥമാത്രമായ ശിശുവിന് ആഗ്രഹം ഉണ്ടാകുന്ന വിടുന്നു അപ്പം അത് സുപ്തമായി അവിടെ ഉണ്ടായിരുന്നു ശിശുവിൻ്റെ അന്തക്കരണത്തിലുണ്ടായ മനസ്സിലുണ്ടായ അത് പൂർവ്വജന്മത്തിലന്മത്തിലും ഇതിന് സമാനമായാണ് ജനിച്ചതും ജീവിച്ചതും മരിച്ചതുമല്ല അവന് അറിയാം എങ്ങനെ ജീവിക്കണം ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിലനിൽക്കണം അതവനറിയാം ആ അറിവുള്ളിലുണ്ട് സുഖരൂപത്തിൽ അപ്പം അറിവ് പ്രേരണ കൊടുക്കുന്നു ഇച്ഛയ്ക്ക് ഉടനെ ഇച്ഛ ജാഗ്രതാവും ആഗ്രഹം ഉടൻ പ്രവൃത്തി വരുന്നു സ്തന്യപാണ് ആഹാരം നേടുക ഇതെല്ലാം ഒരു തുടർച്ചയല്ലാതെ യാദൃശ്യമായിട്ട് എങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ യാദൃശ്യമായി സംഭവിച്ചിരുന്നുവെങ്കിൽ പാൽപായസം കുറിച്ച് പരോക്ഷമായോ അപരോക്ഷമായോ ജ്ഞാനമില്ലാത്ത ഒരാളും അതിനെക്കുറിച്ച് അഭിലാഷം ഉണ്ടാവണം അതുണ്ടാവുന്നില്ല ആർക്കെങ്കിലും ഉണ്ടായതായി ചരിത്രമില്ല അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അറിവുണ്ടായാലേ ആഗ്രഹം ഉണ്ടാവും അറിവില്ലാതെ ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ ജാതമാത്ര ശിശുവൻ ആഗ്രഹം കാണുന്നുണ്ടെങ്കിൽ അവനെല്ലാം അറിവുണ്ട് അത് വന്നു ഇവിടെ ഇപ്പോൾ അതൊന്ന് സമ്പാദിക്കുന്നതിനുള്ള സമയം കിട്ടിയില്ല ഇവിടെ പ്രവൃത്തി മുൻപ് ചെയ്ത് പരിചയമില്ല അപ്പോൾ അതെല്ലാം മുമ്പ് ചെയ്താണ് അന്മത്തിൽ ചെയ്താണ് ആ ശരീരത്തിൽ ചെയ്യാത്ത പ്രവൃത്തി ചെയ്യുന്നതിന് ആഗ്രഹം വരുമ്പോൾ ആ പ്രവൃത്തി പൂർവ്വശരീരത്തിൽ ചെയ്ത സംസ്കാരം കൊണ്ടാണ് എന്ന് വ്യക്തമായി ഉറപ്പിക്കും അതിന് പൂർവ്വജന്മത്തെ ഒന്നും അംഗീകരിക്കാത്തവരോടും അതെന്താണ് അത് സഹജം സഹജമായിട്ടുണ്ടാകും എന്താ സഹജത്തിൻ്റെ വ്യാഖ്യാനം സഹജത്തെ എങ്ങനെ മനസ്സിലാക്കണം സഹജത്തിൻ്റെ അർത്ഥം എന്താണ് പൂർവ്വജന്മത്തിൻ്റെ ബാക്കി വേറെ എന്തും പറയാൻ അതിനെ എവിടെയായിരിക്കുന്നു കാര്യത്തിൽ ഇറക്കം അവർ സൂക്ഷ്മമായ കോശങ്ങളിലാണ് ഇരിക്കുന്നത് അതിൽ ഇരിക്കുന്നു എന്നെല്ലാം പറ പക്ഷെ ഇവിടെ കാണുന്ന പ്രവൃത്തി കോശത്തിൻ്റെ പ്രവൃത്തിയല്ല കാണുന്നത് ജീവന്റെ പ്രവൃത്തിയാണ് കാണുന്നത് ജീവനാണ് പ്രവർത്തിക്കുന്നതായി കാണുന്നത് അപ്പം അതൊരു തുടർച്ചയാണ് എന്നും പറഞ്ഞ അനുസ്യൂതതയാണ് അനുസ്യൂത ജാഗ്രതയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് തുടരുന്നു മരണം വരെ അത് കഴിഞ്ഞാലും പിന്നെ തുടർന്നേ പറ്റി സംസാരം ഇപ്പൊ ജാത മാത്രനായ ശിശു ഈ പ്രവൃത്തി ചെയ്യുന്നു ഭയവും അതുപോലെ തന്നെ എന്തിനാ ഭയക്കുന്നു ഭയക്കാനിവിടെ എന്തുണ്ടായി ജനിച്ച ശിശുവും ഭയക്കുന്നു പ്രതികൂലമായി എന്തെങ്കിലും കണ്ടാൽ ഭയം അത് ആത്മരക്ഷയ്ക്ക് ശ്രമിക്കും തന്റെ രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കും ഭയം പ്രതികൂല ബോധത്തിൽ നിന്നുണ്ടാക്കുന്നു അനുകൂലത്തെ ഭയക്കത്തിൻ്റെ ഭയം വിദ്വേഷം വെറുപ്പ് കോപം ഇതെല്ലാം പ്രതികൂല ബോധത്തിൽ നിന്നാണ് ജനിച്ച ഉടനെ ആ ഭയം വരുന്നുണ്ടെങ്കിൽ ആ പ്രതികൂലബോധത്തിൽ നിന്നുണ്ടായ ഭയത്തിന്റെ സംസ്കാരങ്ങളിലുണ്ടായിരിക്കും പിന്നെ എവിടെ നിന്ന് ഉണ്ടാവും അതുപോലെ ഓരോ വികാരങ്ങളും ഭയാദി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അനുകൂലബോധം വരുമ്പോൾ സന്തോഷം വരുന്നു ആഗ്രഹം വരുന്നു ദർശന അതീത ജന്മാന്തര അനുഭൂത തനഭാന ദുഃഖ അനുഭവ സ്മൃതി ഗംഭ്യത എല്ലാം മനസ്സിലാക്കാം പൂർവ്വജന്മത്തിൽ അനുഭവിച്ചതാണ് ഇതെല്ലാം അത് സംസ്കാര രൂപത്തിലിരുന്നു അതിൻ്റെ വിശേഷാനുഭവങ്ങളെല്ലാം കൈവിട്ടുപോയി അതാണ് സാമാന്യ അനുഭവങ്ങളെല്ലാം നിലനിൽക്കുന്നു ഇത്രയേ ഉള്ളൂ എന്താ കഴിഞ്ഞ ജനമത്തിൽ പഠിച്ചതിൻ്റെ പാടത്തിൻ്റെ ബാക്കി ഭാഗം എന്താ പഠിക്കാത്തതെന്ന് ചോദി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണോ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി ഇന്ന് പഠിക്കുന്നത് ഇന്നലെ പഠിച്ച ഉപനിഷത്തിന്റെ ബാക്കി ഇന്ന് പഠിക്കാൻ പറ്റുന്ന കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി പഠിച്ചാൽ മതിയല്ലോ അത്രയും ഉണ്ടല്ലോ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല തുടക്കമാണല്ലോ ഹരി ശ്രീ എന്നാണ് തുടങ്ങുന്നത് പറയണമെങ്കിൽ അത് സംഭവിക്കണമെന്ന് പറയുന്നു അക്കാര്യത്തിലൊരു സംശയം വേണ്ട കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കിയാണ് പഠിക്കുന്നത് തുടക്കം ഒരുപോലെ തന്നെ ഉള്ളു പക്ഷേ അതിൻ്റെ വികാസ പരിണാമങ്ങൾ ഓരോ ജീവന്മാരിലും ഓരോ തരത്തിലാണ് ഒരാൾ വേഗത്തിൽ പഠിക്കും ഒരാൾ പതുക്കെ പഠിക്കും ഒരാൾക്ക് പഠിക്കത്തില്ല ഒരാൾ ബുദ്ധിമാൻ ഒരാൾ മണ്ടൻ എല്ലാം കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കി തന്നെയാണ് ശ്രവണാതി സർവ്വസാധനങ്ങളും കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കിയാണ് പക്ഷേ എൻ്റെ പ്രയത്നം കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കിയാണ് സർവ്വ അതുകൊണ്ടാണ് ഈ വ്യത്യസ്തത കാണുന്നത് മുമ്പ് കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഠിച്ചാൽ മതി അതില്ലെങ്കിൽ ഇത്തവണ കൂടുതൽ പഠിക്കേണ്ടി വരും അപ്പം ആ കർമ്മനിയമങ്ങളെ വ്യവച്ഛേദിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധി കൗശലമൊന്നും ജീവനില്ലാതേ ഉള്ളൂ സാമാന്യമായി മനസ്സിലാക്കും സാമാന്യമായ അതുകൊണ്ട് വിശേഷമായി ഇപ്പോൾ ആർജിക്കുന്നു അതാണ് സാമാന്യമായുള്ളതാണ് അവന്റെ ഉള്ളിലിരിക്കുന്ന സമ്പത്ത് വിശേഷമായി ആർജിക്കുന്നതാണ് ഇപ്പം അതിനോടുകൂടി കൂട്ടിച്ചേർക്കുന്നു അത് വ്യത്യസ്തമായി വിവിധ അളവിൽ ഓരോ ജീവനിലും കാണുന്നു അതുകൊണ്ടുതന്നെ ഊദിക്കാം ഇതെല്ലാം തുടർച്ചയാണ് പഴയതിന്റെ ബാക്കിയാണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതെങ്ങനെയിരിക്കുന്നു സംസ്കാര രൂപത്തിലിരിക്കുന്നു അത് ജീവനിൽ നിന്ന് പ്രകാശിക്കുന്നു അത് ആ ജീവൻ്റെ വളർച്ച അതായത് കർണദാർഢ്യം അതനുസരിച്ചത് പ്രകടമായി പ്രകടമായി വരുന്നു അതുകൊണ്ടാണ് ഹരീശ്രീ തുടങ്ങേണ്ടി വരുന്നത് ശിശുവായിരിക്കുമ്പോൾ ആ കർണങ്ങൾക്ക് ദൃഢതയില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം അതുവഴി പ്രകാശിക്കാൻ അതിന് കഴിയുന്നില്ല അതിന് ദാർഢ്യം വരുന്നതനുസരിച്ച് ഈ സംസ്കാരം കൂടുതൽ കൂടുതൽ ജാഗ്രതാകും അതനുസരിച്ച് ഇത് കൂടുതൽ കൂടുതൽ പ്രകടമാകും അത്രയും സംഭവിക്കുന്നുണ്ട് അനുഭവത സ്മൃതി ഗമ്യത അതുകൊണ്ട് ഇതെല്ലാം പൂർവാനുഭവത്തിന്റെ സ്മൃതിയാണ് ഇവിടെ ഭാഷകാരൻ അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ജീവൻ സത് രൂപത്തിൽ നിലനിൽക്കുന്നു നശിക്കുന്നില്ല തരംഗങ്ങൾ ജലരൂപത്തിൽ നിലനിൽക്കുന്നു അതിന് പല രൂപങ്ങളും ഭാവങ്ങളും വരുന്നു അന്ന് ആത്യന്തികമായ നാശം അവിടെയൊക്കെ നാശം സംഭവിക്കുന്നു പക്ഷെ അത് പരമാർത്ഥനാശം ജലനാശം സംഭവിക്കാത്ത പോലെ തന്നെ സത്തിന്റെ നാശം സംഭവിക്കുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു അഗ്നിപോത്രാദീനാ വച്ച വൈദികാനാം കർമ്മണം അർത്ഥവത്വ എന്ന ജീവ്നിഹോത്രാദി കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു മരണശേഷം ഫലം കിട്ടുന്ന കർമ്മങ്ങളാണ് അത് സാർത്ഥകമാകണം സാർത്ഥകമാണ് വേദം വിധിച്ചിരിക്കുന്നതാണ് ശുതി വിധിച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ താല്പര്യം എന്താണ് ഇതിൻ്റെ എല്ലാം രഹസ്യം മനസ്സിലാക്കി യശിമാര് പറഞ്ഞതാണ് അത് ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഫലമുണ്ടാകും സാർത്ഥകമാണ് അതുകൊണ്ട് അർത്ഥവത്വ അർത്ഥവത്താണ് പ്രയോജനവത്താണ് പുരുഷാർത്ഥം അത് കൊടുക്കുന്നു അർത്ഥതാമങ്ങളെ നൽകുന്നു അതുകൊണ്ടെന്താണ് ജീവവും നമ്പ്രിയതേ ജീവൻ നശിക്കുന്നില്ല മരിക്കുന്നില്ല എന്നില്ല നശിക്കുന്നില്ല അത് അപ്പോൾ ഈ ജന്മത്തിൽ അഗ്നിവഗ്രം ചെയ്താൽ മരണശേഷം സ്വർഗത്തിൽ പോവാം ഇന്ന് പറഞ്ഞിരിക്കുന്നതും വ്യർത്ഥമാകാൻ പാടില്ല അതുകൊണ്ടും പക്ഷേ കാരണം യുക്തിയെ ശ്രുതി ഇല്ലെങ്കിൽ ശരിയാകില്ല അതിന് ശ്രുതി പ്രമാണത്തുകൂടെ സ്വീകരിക്കുകയാണ് അന്യഥ അനുഭവത്തി ശ്രുതി വിധിച്ചതുകൊണ്ട് അത് സംഭവിക്കണമെന്നാണ് യുക്തി അതിനെ അതുകൊണ്ട് ഇവിടെ സമ്മർദ്ദിക്കുന്ന എന്താണ് ജീവനാശം അതൊരിക്കലും സംഭവിക്കുന്നില്ല അവസരൂപത്തിൽ നശിക്കുന്നു അതിന്റെ വിശേഷഭാവങ്ങളൊക്കെ നശിച്ചുപോകുന്നു അത് തുടർച്ചയാണ് പൂർവ്വജന്മം പുനർജന്മം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഭക്ഷ്യക്കാരൻ ഇവിടെ സമർത്ഥിക്കും അദ്വൈതത്തിലെന്താ ജന്മമേ ഇല്ലല്ലോ പിന്നെന്താ പുനർജന്മം എന്ന് ചോദിക്കും ശരിയാണ് അദ്വൈതത്തിൽ ജന്മമില്ലാന്ന് പറയുന്നത് സത്യമാണ് പുനർജന്മില്ലാന്ന് പറയുന്ന ജന്മവിലായി പിന്നെ ഇവിടെ പുനർജന്മം അത് സത്യമാണ് അതുപോലെ തന്നെ അദ്വൈതത്തിൽ സത്യമാണ് ജന്മം ഉണ്ടെന്ന് പറയുന്നു പുനർജന്മം ഉണ്ടെന്ന് പറയുന്നു അതുപോലെ ഒരു സത്യമാണ് ഈ രണ്ട് സത്യത്തെ അംഗീകരിക്കുന്നു രണ്ട് സത്യം അങ്ങനെ ഒരു ഒന്നും വിരുദ്ധമാണല്ലോ ഒന്ന് പറയുന്നു ജന്മമുണ്ട് അത് വേറെന്ന് പറയുന്നു അല്ല അതിലേതെങ്കിലും ഒന്നല്ലേ ശരിയാവുമ്പോൾ വഴിയുള്ള ജന്മമില്ല മരണമില്ല എന്ന് പറയുന്നത് പരമാർത്ഥം അദ്വൈതത്തിലെ പരമാർത്ഥ ഉണ്ടെന്ന് പറയുന്നത് വ്യവഹാരം അനുഭവം അദ്വൈതം ഒന്നിന് മാത്രം അംഗീകരിക്കുന്നല്ല രണ്ടിനെ അംഗീകരിക്കുന്ന പരമാർത്ഥത്തെ അംഗീകരിക്കുന്നു വ്യവഹാരത്തെ അംഗീകരിക്കുന്നു പരമാർത്ഥത്തെ പരമാർത്ഥമായി തന്നെ അംഗീകരിക്കുന്നു വ്യവഹാരത്തെ ആരോപിതമായി അംഗീകരിക്കുന്നു അതുകൊണ്ട് രണ്ടിനും സാങ്കുണ്ട് ഇതെല്ലാം അർത്ഥവത്തായിരിക്കുന്നുണ്ടും ജിയോ നം പ്രിയതെ ജീവൻ മരിക്കുന്നില്ല പഴയതുപോലെ തന്നെ മനസ്സിലാക്കണം കഥം പുനരുതം അത്യന്തസ്തൂലം പൃഥ്വ്യാധി നാമരൂപവത് ജഗത് അത്യന്ത സൂക്ഷ്മാന് സദ്രൂപ നാമരൂപരഹിത സദോജായ സദൈവസ്വാമ്യത ഗ്രാസീതം എന്ന് കേട്ടപ്പോ തന്നെ മനസ്സിലെന്ന് സംശയമാണ് ജഗത്ത് കാണുന്നത് അനുഭവിക്കുന്ന ഒരു രൂപത്തിൽ സത്യം മറ്റൊരു രൂപത്തിൽ ഇതനുഭവിക്കുന്നത് പറയും വ്യവഹാരമെന്ന് പറയും മറ്റേ പരമാർത്ഥം എന്ന് പറയും ഇതിനെ സ്തുപുലം എന്ന് പറയും മറ്റേ സൂക്ഷ്മം ഇത് പൊരുത്തപ്പെടുന്നത് നമ്മൾ ചോദിക്കുന്ന അത്യന്ത സൂക്ഷ്മു സദ്രൂപ അത്യന്ത സൂക്ഷ്മമായ ഈ സത്യം നിന്ന് നാം രൂപരഹിത നിന്ന് സത് ആ സത്വം നിന്ന് ഗായതെ ഈ നാമരൂപാത്മകമായ സ്ഥൂലമായ പ്രപഞ്ചം എങ്ങനെ ഉണ്ടാകും ഇത് പരസ്പര വിരുദ്ധമാണല്ലോ വൈരുദ്ധ്യമുള്ളത് കൂട്ടിച്ചേർക്കാൻ പാടില്ലല്ലോ എന്നാണ് പറയുന്നത് വൈരുദ്ധ്യമൊന്നുമില്ല മനസ്സ് സൃഷ്ടിക്കുന്നതാണ് വൈരുദ്ധ്യം സ്ഥൂലവും സൂക്ഷ്മവും തമ്മിലൊന്നും വൈരുദ്ധ്യമില്ല സകുണവും നിർഗുണവും തമ്മില് വൈരുദ്ധ്യമില്ല പരമാർത്ഥവും വ്യവഹാരവും തമ്മിൽ വൈരുദ്ധ്യമില്ല അദ്വൈതത്തിന്റെ മർമ്മത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെയൊന്നും വൈരുദ്ധ്യമില്ല ഇല്ലെങ്കിൽ വരും സത്യവും മിഥ്യയും തമ്മിൽ വൈരുദ്ധ്യമില്ല അല്ല ശ്രുതി തന്നേനെ സമർത്ഥിക്കുന്നു ദുഷ്ടാന്തേന ഭൂയൈവമാ ഭഗവാൻ വിജ്ഞാപിക്കുന്നു പറയുന്നു പറഞ്ഞ എല്ലാം മനസ്സിലായി എന്നാലും ഇതെങ്ങനെ സംഭവിക്കുന്നു അതാണ് ചോദിക്കുന്ന നിർഗുണത്തിനെങ്ങനെ സഗുണമുണ്ടായി എങ്ങനെ സത്തിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി ഇത് രണ്ടുമൂലൊരു ബന്ധവുമില്ലല്ലോ തഥാസ്വാമി ഭവാത്ത പിതാ പിതാവ് ഒരു ചേരുന്നു അതും മനസ്സിലാക്കിത്തരാം എന്നടുത്ത് പിതാവ് പറയുന്നു